സഹോവാചിതരൻ താതീ മാം ദാസി ൃത്യോ സാധ മാം തൃതീയം ഉച്ച മൃത്യവേ ധാ കമൈമാീതി മത്യോമീ തസമ്പത്തിനിമ പനി ഫലം പുത്രേണ സതാ നിവരണ മയ ആത്മപ്രദി കതുസമ്പത്തിന്യമാന പതരം ഉപഗമ്യ സഹോവാച പതരം സദൈവം ക്രത്വസമ്പത്തി ക്രതുസമ്പത്തി യാഗത്തിന്റെ പൂർണത യാഗം അതിന്റെ എല്ലാ അംഗങ്ങളോടും കൂടി പൂർണമായി പരിസമാപിക്കുകയാണ് ക്രതുസമ്പത്തി അതില്ലാതിരിക്കുകയാണ് ക്രതുഅസമ്പത്തി അത് സമ്പന്നമാകാതിരിക്കുക അതിൽ വൈകുണ്യം വരിക യാഗത്തിന്റെ ഏതെങ്കിലും അംഗങ്ങളിൽ ന്യൂനത വന്നു കഴിഞ്ഞാൽ കുറവ് വന്നു യാഗ വൈകുണ്യം സംഭവിക്കും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ആ യാഗത്തിന്റെ ഫലം കിട്ടിയില്ലാന്ന് വരും ചിലപ്പോ വിപരീത ഫലം അനിഷ്ടഫലം ഉണ്ടായെന്ന് വരും എന്നാണ് ഈ മനസ്സിലൂടെ ഇവിടെ എന്താണോ യാഗത്തിന്റെ പ്രധാനമായ അംഗമാണ് ദാനം ആ ദാനം വിധിയനുസരിച്ച് ആ യാഗത്തിൽ വിധിച്ചിരിക്കുന്നതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാലേ യാഗത്തിന്റെ പൂർത്തി വരുത്തുള്ളു കറക്റ്റ് സമ്പത്തി വരുത്തുള്ളു പക്ഷെ അതിവിടെ സംഭവിക്കത്തില്ല കാരണം ദാനം ശരിയായ ചെയ്യുന്നത് സങ്കല്പത്തിന് യാഗത്തിന് ആദ്യം ചെയ്യുന്ന ദാന സങ്കല്പത്തിന് യോജിക്കാത്ത രീതിയിലാണ് പിന്നീട് ചെയ്യുന്നത് ഇതാണ് നജികേദനെ ചിന്തിപ്പിക്കുന്നത് ഇതുകൊണ്ടോ കൃത്വസമ്പത്തിൽ അനിഷ്ടം എന്താണ് വരുന്നത് പിതം പിതാവിന് അനിഷ്ടഫലത്തെ ഉണ്ടാക്കുക ഫലം ഉണ്ടാകുക എന്നുള്ള മാത്രമല്ല ഫലത്തിൽ എന്തെങ്കിലും ന്യൂനത വരിക എന്നുള്ളത് പാപഫലമുണ്ടാകും നേരത്തെ പറഞ്ഞു നരകത്തിലേക്ക് പോകും ആ ഈ യാഗത്തിന്റെ യജമാനായിരിക്കുന്ന പിതാവിന് ചിന്തിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഈ യാഗ സപേക്ഷിച്ചു കൊണ്ടിരുന്ന പുത്രെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൂടെ അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യാസം മകനും ഉണ്ടായ ആ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ശ്രദ്ധിച്ച അശ്രദ്ധ ആ കർമ്മത്തെ സംബന്ധിച്ചിടത്തോളം അശ്രദ്ധ കുമാരൻ സ്വന്തം നേരിട്ടുണ്ട് കുമാരനായിരുന്നിട്ടും ബാലനായിരുന്നിട്ടുകൂടി ആ മകനില ശ്രദ്ധയുണ്ടായി കർമ്മത്തിൽ പക്ഷെ പിതാവിൽ അശ്രദ്ധ ഉണ്ടായില്ല ശ്രദ്ധ എന്ന് പറയുന്നതിന് സാധാരണ വിശ്വാസം എന്നൊരു അർത്ഥമുണ്ട് ശാസ്ത്രത്തിനും ഒരു വാക്യത്തിനുള്ള വിശ്വാസം സാധാരണ പറഞ്ഞു വരുന്ന ഒരു കേവല വിശ്വാസമല്ല ശ്രദ്ധയ്ക്ക് നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം കൂടെയുണ്ട് അവരുടെ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ശ്രദ്ധ ആന്തരികമായ ഉണർവ് മനസ്സിന്റെ ഉണർവ് ഉന്മേഷകത്വം മനസ്സിന് അതുകൊണ്ട് ഒരു ഒരു പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഗുണദോഷ വിചാരം അപ്രവൃത്തിയുടെ അനുഷ്ഠാനത്തിന് വളരെ മുഖ്യമാണ് അങ്ങനൊരു ഗുണദോഷ വിചാരം പ്രത്യേകിച്ചും വൈദികമായ കർമ്മങ്ങൾ ചെയ്യും അവിടെ വിധി മനസ്സിലാക്കിയതിനനുസരിച്ച് ചെയ്യാവൂ ആ ഗുണദോഷ വിചാരത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടിവരുന്ന ഒന്നാണ് ഈ ഉണർവ് ശ്രദ്ധ ആന്തരികമായ ഉണർവ് വേറെ രീതിയിൽ പറഞ്ഞാൽ നിരീക്ഷണ ശേഷി എന്ന് പറയാം അതായത് താൻ ചെയ്യുന്ന പ്രവൃത്തിയെ സ്വയം അതിനെ സമഗ്രമായി നിരീക്ഷിച്ചു അത് പ്രത്യേകിച്ചൊരു പ്രവൃത്തിയല്ല യാഗത്തെ സംബന്ധിച്ച് പറയുന്നു അത് നിരീക്ഷിക്കുന്നതിനുള്ള യാഗങ്ങളെ കുറിച്ച് ചേർച്ച ചെയ്യുന്ന ശാസ്ത്രം പൂർവമിമാംസ് ആ പൂർവമിമാംസ് ഈ യാഗങ്ങളെ സംബന്ധിച്ച് പൊതുവെ വേദത്തിൽ ഈ യാഗങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഒരു സാധാരണ ഒരു വ്യക്തി വായിച്ചു കഴിഞ്ഞാല് അതെല്ലാം പ്രാകൃതമായ ചില ആചാരാനുഷ്ഠാനങ്ങളൊന്ന് തോന്നിപ്പോ അങ്ങനെ തോന്നും കാരണം പറയുന്ന കാര്യങ്ങൾ ഇന്നത്തെ നമ്മൾ ഇന്നത്തെ ചുറ്റുപാട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പറയുന്ന കാര്യങ്ങൾ പലതും പ്രാകൃതമാണെന്ന് തോന്നിയപ്പോൾ പക്ഷെ അതേ വിഷയങ്ങളെ സംബന്ധിച്ച് പൂർവമീമാംസയിലുള്ള വിചാരം ചർച്ച പൂർവമീമാംസ വളരെ വളരെ ബൃഹത്തായ ഒരു ശാസ്ത്രമാണ് നീമിനീയ സൂത്രങ്ങൾ അതിന്റെ ഭാഷ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വാർത്തികം പിന്നീട് എത്രയോ സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ എത്രയോ ആചാര്യന്മാരെ എഴുതിയ സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ അതിൽ തന്നെ പല സമ്പ്രദായങ്ങൾ അങ്ങനെ വളരെ ഗ്രന്ഥ വിസ്താരുള്ള വലിയൊരു ശാസ്ത്രമാണ് ഈ ഇതിൽ ഈ വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് വേദത്തിൽ പരാമർശിക്കുന്ന വൈദിക കർമ്മങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ വളരെ സൂക്ഷ്മമായ ഓരോ അംശത്തെയും വളരെ ദഹനമായ അപഗ്രഹനും നമ്മൾ നിസാരമായി ചെയ്യുന്ന ഒരു ചെറിയ ഹോമത്തെ സംബന്ധിച്ചായാലും പൂർവീമാംസയിൽ അതിലെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രത്തെ സംബന്ധിച്ചാണു അനുഷ്ഠാനത്തെ സംബന്ധിച്ചാൻസിൽ അതിൻ്റെ ഫലങ്ങളെ സംബന്ധിച്ചായാലും അതിന്റെ രീതികളെ സംബന്ധിച്ചായാലും വളരെ വളരെ ദഹനമായ ചർച്ചകളാണ് ചർച്ചകൾ നടത്തിയിട്ട് ആ കർമ്മങ്ങൾ എങ്ങനെ നടത്തണം എങ്ങനെ നടത്തിയാലായിരിക്കും അതിന്റെ ഫലം വരുന്നത് അതിൽ എന്തെല്ലാം പാകപ്പെടുകൾ സംഭവിക്കാം അതെങ്ങനെ ഒഴിവാക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ചർച്ചയുണ്ട് അത്തരം ചർച്ചകൾ എല്ലാം കാണിക്കുന്നത് എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന്റെ ജാഗ്രത ശ്രദ്ധ ഉണർവിനെ കുറിച്ചാണ് വളരെ നിരീക്ഷണ ശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ഗുണദോഷങ്ങളെല്ലാം ശരിക്ക് വികാരം ചെയ്ത് തീരുമാനിക്കാൻ പറ്റൂ അത്ര ഒരു നിരീക്ഷണ ശേഷി ഇവിടെ നജികേദസിനുണ്ടായിരുന്നു അതിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള കർമ്മത്തെയും ഫലത്തെയും സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള ഒരവബോധം അത് നജികേസനുണ്ടായിരുന്നു ശ്രദ്ധ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കേവലം ഒരു വിശ്വാസം എന്നുള്ള അർത്ഥത്തിലല്ല ആ വിശ്വാസം എന്ന് പറയുന്നത് വിവേകം കൂടാതെയുള്ള വിശ്വാസം കാര്യമായ ഫലം ചെയ്യത്തില്ല ഇത്തരം വിഷയങ്ങളിൽ പ്രത്യേകിച്ചും ഇവിടെ പറയുക എന്താണ് പിതാവിന് അനിഷ്ടമായ ഫലത്തെ ഉണ്ടാക്കും എന്നറിയണമെന്നുണ്ടെങ്കിൽ കർമ്മവും അതിന്റെ ഫലവും സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം മീമാംസയെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ് ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു അറിവ് ഉണറും ആ ഒരു ശ്രദ്ധ നദീവേസിൽ ഉണ്ടായിരുന്നു വേദത്തിൽ വിധിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ വിഹിതമായ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ചെയ്യണം അതിൽ എന്തെങ്കിലും വൈകുണ്യം വന്നു കഴിഞ്ഞാൽ അത് അനിഷ്ടത്തെ ഉണ്ടാക്കും ഈ തരത്തിൽ മനസ്സിലാക്കുന്നതിനുള്ള പക്ഷെ യജമാനായിരിക്കുന്ന പിതാവിന് പോലും അത് മനസ്സിലാകുന്നത് പക്ഷെ ആ വിവേകം നൽകിയുണ്ടായിരുന്നു ആ വിവേകത്തിന് ഈ കാര്യങ്ങളെല്ലാം മീമാംസയിൽ ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ സാങ്കേതികമായ ശബ്ദങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിർദ്ദേശിക്കുന്നത് അങ്ങനെയുള്ളൊരു വിവേകം ഉണ്ടാകുന്നതിന് വളരെ ആവശ്യം വേണ്ട ഒന്നാണ് നിരീക്ഷണ പാഠപം നിരീക്ഷണ ശേഷി ഇതിപ്പോ ഒരു അധ്യാത്മവിദ്യയുടെ പ്രകടനത്തിലാണ് ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് കർമ്മ മീമാംസയെ സംബന്ധിച്ചല്ല കർമ്മത്തെ ഇവിടെ പരാമർശിക്കുന്നേ ഉള്ളൂ ഒരു ആധ്യാത്മിക സാധനം സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ശ്രദ്ധ അതിന്റെ ആവശ്യകതയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിനെ ഒന്ന് പരാമർശിക്കുന്നത് അത്യധികമായ ശ്രദ്ധ ഒരാൾക്ക് ആവശ്യമാണ് ശരിയായ മാർഗത്തെ തിരഞ്ഞെടുക്കുന്നതിനും തന്റെ ശരിയായ അവസ്ഥ മനസ്സിലാക്കുന്നതിനും രണ്ടുപേരെയും ഈ ശ്രദ്ധ വളരെ ആവശ്യമാണ് അത് കേവലം വിശ്വാസത്തിൽ മാത്രം നിൽക്കുന്നതല്ല വളരെ വിവേകത്തോടു കൂടിയ നിരീക്ഷണ കൂടിയ വിശ്വാസത്തിലാണ് അതിനെ ഉറപ്പിക്കേണ്ടത് അതിനിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നജീദേശ തന്നെ ചെയ്യുന്നു തന്റെ നടക്കുന്ന പ്രവൃത്തികൾ ശ്രദ്ധിച്ചു ആ നിന്നാണ് സാധാരണ നമ്മൾ പറയുന്ന ശ്രദ്ധ നിന്നാണ് അങ്ങനെ ഒരു വിവേകം മനസ്സിലുണ്ടായത് ആ സംസ്കാരം ഉണ്ടായതുകൊണ്ട് ഇത് ചെയ്യുന്ന പ്രവൃത്തി അനിഷ്ടമാണ് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം തന്റെ ചുറ്റുപാടുകളെ കുറിച്ചും തന്റെ ഉള്ളിനെ കുറിച്ചും സദാ ജാഗ്രതത്തോടുകൂടി ഇരുന്ന് നിരീക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ വളരെ ജാഗ്രത ആയിരുന്നു കാരണം ഇനി പറയും വന്ന നമ്പർ ഈ മാർഗം എന്ന് പറയുന്നത് വളരെ ദുർഘടങ്ങൾ വൈഷമ്യങ്ങൾ ഉള്ളതാണ് അത്യന്തമായ ജാഗ്ര ഉണർവ് ആന്തരികമായ ഉണർവ് ഇല്ലാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം അതിന് ശരിയായ തിരിച്ചറിയാൻ പറ്റത്തില്ല ഇനി ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവനെ സംബന്ധിച്ചു പോലും ആർക്കും പൂർണ്ണമായ ആത്മവിശ്വാസം ഉറപ്പിക്കാൻ കഴിയത്തില്ല മാർഗഭ്രംശം ഏത് സമയം സംഭവിക്കാം കാരണം ആ പാതയുടെ ദുർഭടത കൊണ്ട് അത് അതുകൊണ്ട് അതിന് തിരിച്ചറിഞ്ഞ് നേരെ പോകുന്നതിന് അത്യധികമായ ശ്രദ്ധ ഉണർവ് ഉണർവ് ആവശ്യമാണ് താൻ കടന്നു വന്ന വഴികളെക്കുറിച്ച് ശരിയായിട്ടുള്ള ബോധം വേണം താൻ ഇപ്പം നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ച് അതുപോലെ ബോധം വേണം ജാഗ്രത വേണം അതുപോലെ ഇനി പോകേണ്ട വഴികളെക്കുറിച്ച് ഇവിടെ എല്ലായിടത്തും ഈ ശ്രദ്ധ ജാഗ്രത മുഴുവന് ഒരു ആധ്യാത്മിക സാധനം സംബന്ധിച്ചിടത്തോളം അത് അത്യന്താ അവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ് അതിനെല്ലാം ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഈ ശ്രദ്ധ എന്നുള്ള ഈ ഒരു പദത്തിലൂടെ ഈ ഒരു വിഷയത്തിലൂടെ അതിന് വേണ്ടുന്ന നിരീക്ഷണ ശേഷി നിരീക്ഷിക്കേണ്ടത് എന്ത് തന്റെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ തന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അതാണ് ഒരാൾ എപ്പോഴും നിരീക്ഷണ വിഷയം ആക്കേണ്ടത് കാരണം തന്റെ മാനസിക അതാണ് തന്റെ നിരീക്ഷണത്തിന് ഏറ്റവും അതെങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അത് ഏതവസ്ഥയിൽ നിൽക്കുന്നു സാത്വികമാണോ അതോ രാജസമാണോ അതോ താമസമാണോ ഏത് വൃത്തിയാണോ എൻ്റെ ഉള്ളിൽ അന്ധക്കരണത്തിന് നിരന്തരമായ വൃത്തികൾ ഉദിച്ച് അസമിച്ചുകൊണ്ടിരിക്കേണ്ടത് ഏത് ഭാവത്തിൽ നിൽക്കുന്നു ഉള്ളിൽ ഏത് ഭാവത്തെയാണ് ഗ്രാഹ്യമായിരിക്കേണ്ടത് ഏതാണ് യാജ്യമായിരിക്കേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കി സാത്വികമായ ഭാവങ്ങളെ അവലംബിച്ച് അവരുടെ ജീവിതം ഒരു പൂർണമായ ജീവിതമാകത്തുന്നവർ സാധന മാർഗമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ നൽകേതസിന് ഉണ്ടായതുപോലുള്ള ഒരു ശ്രദ്ധയുടെ ആവേശം എന്നാണ് അത് സ്വയം ഒരുവന് അങ്ങനെയുള്ള ഒരു ശ്രദ്ധ ആ ശ്രദ്ധയാണ് നൽകേതസിനെ ഇവിടെ ഒരു സത്യാന്വേഷി മാറ്റിയത് അടുത്ത നേരെ ശക്തി കൊടുക്കുന്ന ശ്രദ്ധയാണ് അതുകൊണ്ടാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അതിനൂടെ പരാമർശിച്ചു അതിന്റെ ഫലത്തെ ഇനി വരുന്ന ഭാഗങ്ങൾ കാണിക്കും എന്നാലിവിടിയും പറയുന്ന എന്താണോ ആ പ്രവൃത്തിയെ നിരീക്ഷിച്ചിട്ട് പറഞ്ഞു ഇതെന്താണോ പിതാവിന് ഇത് അനിഷ്ടമുണ്ടാക്കുന്നതാണ് അനിഷ്ടം ഫലം പുത്രേന സത്താ ഒരു സത്ത് സത്തായ ഒരു പുത്രനിതിനെ മയ ഞാൻ പുത്രനാണ് ഞാൻ ഇതിനെ നിവാരണീയം എങ്ങനെ ആത്മ തന്നെ തന്നെ ബലി കൊടുത്തിട്ടായാലും ശരി ആത്മപ്രധാനം തന്നെ തന്നെ ബലിയർപ്പിക്കുക തന്നെ തന്നെ ബലിയർപ്പിച്ചിട്ടായാലും ശരി എന്നുവെച്ചാൽ ഇതും എന്താണ് താൻ യമലോകത്തേക്ക് പോകുന്നതിന് ഉള്ള സന്നദ്ധതയെ കാണിക്കുകയാണ് ആത്മപ്രധാനം തന്നെ തന്നെ ബലിയർപ്പിക്കുക അങ്ങനെ ചെയ്തിട്ടായാലും ശരി പിതാവിന്റെ ഇഷ്ടത്തെ കൃത്സമ്പത്തിൻ കൃത് ക്രതുസമ്പത്തി പൂർത്തിയാകണം അത് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം യാഗത്തിൽ പൂർണമായ ദാനം ആ ദാനം ഇതിനിപ്പോ തടസ്സമായിരിക്കുന്ന പുത്രനാണ് കാരണം നല്ല വസ്തുക്കളെല്ലാം പുത്രന്റെ പേരിൽ മാറ്റിവെച്ചു അപ്പൊ ഇനി യാദം പൂർത്തിയാകണമെങ്കിൽ നൽകിയ ചിന്തിക്കുക എന്താണ് പിതാവ് തന്നെ കൂടി ദാനം ചെയ്താലേ കാരണം തന്നെ ദാനം ചെയ്തു കഴിഞ്ഞാൽ തന്റെ പേരിൽ സംരക്ഷിക്കപ്പെട്ട എല്ലാ സമ്പത്തും ദാനം ചെയ്യപ്പെടും അപ്പോ യാഗം പൂർത്തിയാകും എന്നുകൊണ്ട് പിതാവിനെ സംബന്ധിച്ചത് സർവസ്വദാനമായി സർവസ്വം അവിടെ ദാനം ചെയ്യും കാരണം പുത്രൻ പിതാവിന്റെ ഇതാണ് പുത്രൻ അപ്പൊ ആ പുത്രനെ ദാനം ചെയ്യുമ്പോ പുത്രനിലൂടെ സർവസമ്പത്തും ദാനം ചെയ്യപ്പെടുന്നു ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് പറയുന്നു ആത്മപ്രധാനാഭി എന്നെ തന്നെ ഇതിനു വേണ്ടി ഇനി ബലിയർപ്പിച്ചാലേ ശരിയാണ് അങ്ങനെ ക്രതുസമ്പത്തിൻ യാഗസമ്പത്തി യാഗത്തിന്റെ പൂർണതയെ കൃത്വ ചെയ്തിട്ട് ഇത്യവും മന്യമാനഹ ഇങ്ങനെ ചിന്തിക്കുന്നവനായ ആ നദി വേദസ് പിതരം ഉപഗമ്യ പിതാവിനെ സമീപിച്ചിട്ട് സഹോവാച പിതരം അവൻ വാച പറഞ്ഞു പിതരം പിതാവിനോട് എന്നാണ് ഹേ തത താത താത തഥാ രണ്ടുപൂരെ അദ്ദേഹത്തിനാണ് കസ്മൈ ശരിയല്ല പാഠ കസ്മയിക് വിശേഷായ ശരിയല്ല കസ്മയിക് വിശേഷായ ഏത് ഏർത്തിക്കിനാണ് കാരണം ഓരോ പുരോഹിതനും ഓരോ വസ്തുക്കളെ ദാനം ചെയ്യാൻ എന്നെ ദാനം ചെയ്യണം എന്നെ കൂടെ യാഗം ആ ദാനം ചെയ്ത യാഗം പൂർത്തിയാവും അപ്പൊ ഏതൊരു വൃത്തിക്കിനു വേണ്ടിട്ടാണ് ഏതൊരു പുരോഹിതിന് വേണ്ടിട്ടാണ് ദക്ഷിണാർത്ഥം മാം ദാസി ദക്ഷിണയായി എന്നെ അങ്ങ് നൽകുന്നത് എന്നാണ് പിതാവിന്റേത് മുഴുവൻ ദാനം ചെയ്യണം പിതാവിന്റേതാണ് പുത്രൻ അപ്പൊ പുത്രനായി എന്നെ ഏത് വൃത്തിക്കിനാണ് ദാനം ചെയ്യണമെന്ന് പ്രേക്ഷ സി നൽകുന്നത് ഈ ചെയ്ത് അതിന്റെ സ ഏവ മുക്തേന പിത്ര ഉപേക്ഷമാണോ ദ്വിതീയം തൃതീയം അഭി ഉവാചമുക്തേന പി ഇങ്ങനെ പിതാവിനോട് പറഞ്ഞു അത് കേട്ട ആ പിതാവ് ഉപേക്ഷ്യമാണോ ബി ആ ചോദ്യത്തെ അവഗണിച്ച് ശ്രദ്ധിച്ചില്ല കാരണം ബാലനാണ് വിവേകം കൊണ്ട് ചോദിക്കുകയാണ് എന്ന് കരുതി അതിന് വേണ്ടി ശ്രദ്ധ കൊടുത്തില്ല പക്ഷേ ഉപേക്ഷ്യമാണോ വിത്തൻ കാര്യമായിട്ടാണ് ചോദിക്കുന്നത് പിതാവ് അതിന് പ്രാധാന്യം കൊടുത്തില്ല പിതാവിനെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ കൂടി കഴിയാത്ത കാര്യമാണ് പുത്രനെ തന്നെ കൊടുക്കുക പക്ഷെ പുത്രൻ കരുതുന്ന എന്താണ് താൻ പിതാവിന്റെ ഫലമാണ് തന്നെ കൂടി കൊടുക്കണം ആ രണ്ടു വിചാരങ്ങളിലാണ് ദ്വിതീയം തൃതിയുമൊക്കെ വാഹിച്ച വീണ്ടും വീണ്ടും ചോദിച്ചു രണ്ടാമതും മൂന്നാമതും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ കശ്മീമാം ദാശി കശ്മീമാം ദാസ്യശി വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പലതുകൊണ്ട് ചോദിച്ചു ആർക്കാണ് എന്നെ ദാനം ചെയ്യുന്നത് എന്ന് ിതപുത്രംസ്വഭാവത് പിള്ളേർക്ക് ചേരുന്ന സ്വഭാവമല്ല കുട്ടികളുടെ സ്വഭാവം വിധി ക്രദ്ധ കുട്ടികളെങ്ങനെയെന്ന് ചോദിക്കാൻ പാടില്ല യാഗം എന്ന് പറയുന്നത് വലിയൊരു കർമ്മമാണ് യാാനതിന്റെ യജമാനനാണ് അങ്ങനെയുള്ള യാഗത്തെ സംബന്ധിച്ച് പല കാര്യങ്ങളും നടക്കും അതിന് കുട്ടികൾക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള രീതി നായം കുമാരസ്വഭാവം ഇതൊന്നും കുട്ടികൾക്ക് ചേർന്നതല്ല ഒരു കുട്ടി ഇതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഹൃദ്ധ കോപിഷ്ടനായ പിതാഹ തൻ പുത്രനോട് പറഞ്ഞു എന്താണ് പറഞ്ഞു പോയി എന്നാണ് മൃത്യവേവസ്വതായ കാലന് തൊണ്ടതാണ് ഇങ്ങനെ കാലന് കൊടുക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ ദേഷ്യം വന്ന് സാറിന് കൊടുക്കും കാലന് കൊടുക്കും എന്ന് പറയും അതിന്റെ യാതൊരു അർത്ഥവും മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടല്ല മറ്റെന്തെങ്കിലും സങ്കല്പത്തോടുകൂടിയല്ല പക്ഷെ പറഞ്ഞു ഇതാണ് ഞാൻ നിന്നെ കാലന് കൊടുക്കുന്നത് കാലന് കൊടുക്കാലനാണ് കൊടുക്കാൻ പോകുന്നത് ദേഷ്യം കൊണ്ട് മകനെ അകറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞാണ് ഇതാവ് പറഞ്ഞു പോയതാണ് സാധാരണ ദേഷ്യം വരുമ്പോൾ മാതാപിതാക്കൾ പറയുന്നത് പോലെയാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ വാക്യത്തെ കാരണം ഇത് പറയുന്ന ഇവിടെ വൈകീ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യാഗത്തിന്റെ സന്ദർഭത്തിലാണ് ദാനം എന്ന് പറയുന്ന ചടങ്ങുകളൊക്കെയാണ് ആ സമയത്ത് ദാനം നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് പ്രാവർത്തികമാക്കിയേ പറ്റൂ അതാണ് അതിന്റെ നിയമം അങ്ങനെയാണ് അത് എന്നത് കൊടുക്കാം എന്ന് പ്രതിജ്ഞ ചെയ്താൽ അത് കൊടുക്കണം നേരത്തെ എങ്ങനെ പ്രതിജ്ഞ ചെയ്തതാണ് കൊടുക്കാമെന്ന് ആ പ്രതിജ്ഞ ചെയ്തതിൽപ്പെട്ടതാണ് തന്റെ സ്വത്ത് ഈ പിതാവ് എന്ത് ചെയ്യുന്നു തന്റെ സ്വത്തായി കരുതെന്ന് ആ പിതാവിന് പുത്തനോട് മമതയുണ്ട് അങ്ങനെ തന്റെ സ്വത്തായ പുത്രനെ കാലന് കൊടുക്കാമെന്ന് ഇപ്പോൾ പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു അറിയാതെയാണെങ്കിൽ അതൊരു പ്രതിജ്ഞയാണ് അപ്പൊ ഇത് പിതാവിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല താൻ ചെയ്യുന്ന പ്രവൃത്തികളെ പ്രവൃത്തിയെ ശരിയായ രീതിയിൽ നിരീക്ഷിക്കുന്നില്ല അതേസമയം പുത്രൻ വളരെ പിതാവിന്റെ ഓരോ ചലനങ്ങളെയും നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞതും ഒരു പ്രതിജ്ഞയായിട്ടാണ് പുത്രൻ സ്വീകരിച്ചത് കാലന് കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ യാഗത്തിന്റെ ഭാഗമായിട്ടാണ് പുത്രൻ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ സർവസ്വ ദാനം എന്ന് പ്രതിജ്ഞയതുപോലെ സർവസ്വത്തിൽ ഉൾപ്പെടുന്നതാണ് പുത്രൻ പുത്രന്റെ ദാനത്തെയും പിതാവ് പ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞു അതാണ് ആ മന്ത്രത്തിന്റെ താല്പര്യം സറ്റികേദുവാച പിത്തനോട് ചോദിച്ചും ഇതരം ഉപാച പുത്രനോട് ചോദിച്ചും മാം എന്നെ കൃഷ്ണി രാക്ഷിഷി ആർക്കാണ് ദാനമായി നൽകുന്നത് തൃതീയം രണ്ടാമത് മൂന്നാമത് വീണ്ടും വീണ്ടും പിതാവിനോട് ഉവാച ചോദിച്ചു പിതാവ് മറുകൂടി പറഞ്ഞു മൃത്യവേ കാലന് സ്വാന്നെ ദി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞു യാഗത്തിന്റെ ദാന പ്രകടനത്തിൽ നടത്തിയ ഒരു ഇത് പിതാവിനെ സംഭവിക്കുന്ന ഒരു ക്രോധവചനം കോപം കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണെങ്കിലും അതൊരു പ്രതിജ്ഞയായിട്ടാണ് പുത്രനെ സ്വീകരിച്ചത് അപ്പൊ ഇനി അത് നടപ്പിലായേ പറ്റും അല്ലെങ്കിൽ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള വേണ്ടിയുള്ള നിവാദങ്ങളാണ് അതിസഹോപാച സംഭാവനകൾ അങ്ങനെ നടന്നു എന്നുള്ള നമ്മൾ പറയാറുണ്ടോ പണ്ട് പണ്ട് അങ്ങനെ ഒരു പണ്ട് പണ്ട് എന്നൊക്കെ പറയാറുണ്ടോ എന്നൊക്കെ പറയുന്നത് ആ പഴയ ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു അത് പറഞ്ഞു കഴിഞ്ഞപ്പോ നഗീസിനെ കുറിച്ച് ചിന്തിച്ചു കാരണം ശ്രദ്ധാലുവായതുകൊണ്ട് അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് നഗീവേസ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് ബഹുനാം ബഹൂന ഏമി മധ്യമ വിമർശകർത്തന്മയാഗ്യൂ ഈ പ്രഥമ ബഹൂന്നേമി മധ്യമിത് വരോ ച്ചിത് മയാ അദ്യൂ പ്രഥമോ ബഹൂന്നേമി മധ്യമ പിതാവിനാൽ പറയപ്പെട്ട പുത്രൻ പിതാവ് ഇങ്ങനെ പുത്രനോട് പറഞ്ഞപ്പോ അത് കേട്ടവനായ പുത്രൻ ഏകാന്ത അതാണ് പറയാൻ പോകുന്നത് പുത്രാണികിഷ്യാധിപത്യ ശിഷ്യാണ പുത്രാണോ പുത്രന്മാരും ശിഷ്യന്മാരും ധാരാളമുണ്ട് അവരിൽ എന്താണ് എമിഗാമി പ്രഥമസൻ ഒന്നാമനായിരിക്കും ഞാൻ മുഖ്യയ ശിഷ്യാധിപത്യ ശിഷ്യാചരണം മുഖ്യമായ ശിഷ്യാചരണത്തിലൂടെ അല്ലെങ്കിൽ പുത്ര ആചരണത്തിലൂടെ ഞാൻ ഒന്നാമനാണ് പുത്രന്മാരും ഞാൻ ഒന്നാമനാകും ശിഷ്യന്മാരും ഞാൻ ഒന്നാമനാകും അതായത് ശിഷ്യവൃത്തി പുത്രവൃത്തി അത് മൂന്ന് തരത്തിൽ പറയുന്നുണ്ട് ഇവിടെ പ്രഥമം മധ്യമം പ്രഥമം പ്രഥമം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ ശിഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ പുത്രനെ സംബന്ധിച്ചാണെങ്കിൽ പിതാവിന്റെ താല്പര്യങ്ങളെ അറിഞ്ഞു അവരാവശ്യപ്പെടാറ് പുത്രനെ സംബന്ധിച്ച് പിതാവും ശിഷ്യനെ സംബന്ധിച്ച ഗുരുവും ആവശ്യപ്പെടണം സ്വയം അറിഞ്ഞ് ആചരിക്കുന്നതാണ് ഗുരുവിന്റെ താല്പര്യങ്ങൾ അറിഞ്ഞ് ആചരിക്കുന്നതാണ് ശിഷ്യവൃത്തി പ്രഥമമായിട്ടുള്ള ശിഷ്യവൃത്തി ഗുരുവിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആചരിക്കുക ഗുരു ഒരിക്കലും നിർദ്ദേശിക്കേണ്ടി ചെയ്യണം എന്നത് അനുഷ്ഠിക്കണം എന്ന് ചെയ്യേണ്ടി വരുന്നില്ല സ്വയം അറിഞ്ഞ് ആചരിക്കുന്നു അത് പ്രഥമമാണ് മധ്യമവൃത്തി എന്ന് പറയുമ്പോ ഗുരുവിന് പറയേണ്ടി വരുന്നു ഇന്നത് ചെയ്യണം ഇന്നതാണ് സ്ഥിതി ഇന്നതാണ് തെറ്റ് ഇന്നത് പ്രവർത്തിക്കണം എന്നത് പറയണം എന്നെല്ലാം ഗുരുവിനെ നിർദ്ദേശിക്കേണ്ടി വരും ശിഷ്യനെ അനുസരിക്കും അപ്പൊ ഗുരു നിർദ്ദേശിച്ച് അനുസരിക്കുന്നതാണ് മധ്യമവൃത്തി പ്രഥമ വൃത്തിയിൽ അങ്ങനെ അനുസരിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഗുരുവിന് പറയേണ്ട ആവശ്യം സ്വയം അറിഞ്ഞു വേണ്ടതെല്ലാം അല്ലെങ്കിൽ പിതാവ് പറയേണ്ടി വരുന്നില്ല ഞാൻ പറഞ്ഞ് പ്രവർത്തിക്കുന്നു രണ്ടാമത് അങ്ങനെയല്ല പറയേണ്ടി വരുന്നു അനുസരിക്കേണ്ടി വരുന്നു അത് മാധ്യമങ്ങൾ നമ്മൾ കരുതുന്നു പക്ഷെ അനുസരണേക്കാൾ ശ്രേഷ്ഠമാണ് അറിഞ്ഞനുഷ്ഠിക്കുന്നത് അവിടെ ഉപദേശത്തിന്റെ ആവശ്യം വരുന്നില്ല നിർദ്ദേശങ്ങളുടെ ആവശ്യം വരുന്നില്ല അഥമ എങ്ങനെയാണ് ഗുരുവിന്റെ അല്ലെങ്കിൽ പിതാവിന്റെ ചിന്തിക്കുന്നില്ല രണ്ടാമത്തെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല രണ്ടും ചെയ്യാതെ വരും അഥമ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നു തനിക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നു അത് അവിടെ ഗുരുവിനോ അല്ലെങ്കിൽ ശിഷ്യനെ സംബന്ധിച്ചോ ഗുരുവിനോ പുത്രനെ സംബന്ധിച്ച് പിതാവിനോ അവിടെ അയാൾ സ്ഥാനമൊന്നും കത്തിക്കുന്നില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്നു താൻ തനിക്ക് മേലും മറ്റാരും എന്നുള്ള ഭാവത്തിൽ പ്രവർത്തിക്കും അതാണ് പറയുന്നു ഞാനൊന്നുകിൽ പ്രഥമ ശ്രേണി ഒരു പക്ഷേ ചില കാര്യങ്ങളും മധ്യമ ശ്രേണിയിലും വരാം ഒരു കാരണവശാലും ഞാൻ ഇതുവരെ ഒരു അഥമ ശ്രേണിയിലേക്ക് വന്നിട്ടുണ്ട് പിതാവിന്റെ ഇപ്പോ തന്നെ എന്താണ് ചെയ്തത് പിതാവിന്റെ ഇഷ്ടം എന്താണെന്ന് ചിന്തിച്ചു പിതാവിന് അനിഷ്ടം ഈ കർമ്മം നരകഫലത്തെ ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ പിതാവിന്റെ ഇഷ്ടത്തെ ചിന്തിച്ചിട്ടാണ് പിതാവിനോട് പോയി ചോദിച്ചത് ആ ദാനത്തെക്കുറിച്ച് അപ്പൊ പ്രഥമശ്രേണിയിലാണ് പിതാവിന്റെ താല്പര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ വരുമ്പോട്ടിരിക്കുകയാണ് അങ്ങനെ ചിലപ്പോ എന്ത് ചെയ്തു പറഞ്ഞു നിന്നെ കാലിന് കൊടുക്കുന്നു അപ്പൊ മധ്യമ ശ്രേണിയിലേക്ക് വരികയാണെങ്കിൽ പിതാവ് പറഞ്ഞത് അനുസരിക്കുക മധ്യമവൃത്തി പിതാവ് പറഞ്ഞു കാലിന് കൊടുക്കുന്നു അപ്പൊ കാലിന് തന്നെ കാലിന് സമർപ്പിക്കാൻ തയ്യാറാവുന്നു അവർ പറഞ്ഞൊന്നും ി ചെയ്യാനില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യണം കാലന് നില കുടുംബം എന്ന് പറഞ്ഞു പോകാൻ സ്വീകരിക്കാതിരിക്കുന്ന യമലോകത്തിലേക്ക് പോകാൻ തയ്യാറാകാതിരിക്കുന്നത് അഥമ വൃത്തിയാ അതിനെന്തായാലും നെ കേസ് തയ്യാറല്ല അതുകൊണ്ടാണ് അവിടെ പറഞ്ഞ എന്താണ് ബഹുവിന ശിഷ്യാണ പുത്രാണാ എനിക്ക് പ്രഥമ മുഖ്യ ശിഷ്യാധിപത്യ മുഖ്യമായ ശിഷ്യ വൃത്തി ശിഷ്യന്റെ അല്ലെങ്കിൽ പുത്രന്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് ഞാൻ ചെയ്യേണ്ട അതാണ് അതാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യമാനാം ബഹുവിനാണ് മധ്യമ ഇനി മധ്യമനായി ഇപ്പൊ പിതാവ് പറഞ്ഞ അനുസരിക്കുക കാലന് കൊടുക്കും എന്ന് പറഞ്ഞാൽ കാലന്റെ സമീപത്തിലേക്ക് പോകാൻ തയ്യാറാവുക മധ്യമയാവവൃത്തിയ മധ്യമവൃത്തിയിലൂടെ ഞാൻ ഏവി സഞ്ചരിക്കും അപ്പം ഇതിൻ്റെ രണ്ടിഞ്ചി സമയമാണ് അധമയാ അഥമ വൃത്തിയിലൂടെ ഒരിക്കലും പിതാവിന്റെ വാക്കിന് നിഷ്ഫലമാകാത്ത രീതിയിൽ കഥാചിതവി ഒരിക്കലും ഞാൻ ആചരിക്കത്തില്ല സമയവും വിശിഷ്ട ഗുണമഭി പുത്രം മൃത്യവേ സ്വാദദാമി പിതാണ് സമയവും വിശിഷ്ട അങ്ങനെയുള്ള വിശിഷ്ട ഗുണത്തോടുകൂടിയവനാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ പുത്രമാം എന്നെ മൃത്യുവേ സ്വാ ദാമി പിതാവ് പറഞ്ഞു മൃത്യുവിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു തന്റെ ഗുണങ്ങളെ കുറിച്ച് എല്ലാം അറിയാവുന്ന പിതാവാണ് പറഞ്ഞത് എന്റെ കാലിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് സമയമു കൊടുക്കുന്നത് കൊണ്ട് സിഷിത് പ്രയോജനം അദ്ദേഹത്തിന് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് പരിശീലി എന്തുണ്ടാക്കാൻ പോകുന്നു കർത്തവ്യമ ഇത് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ത് പ്രയോജനം ഉണ്ടാകും എന്നൂനം പ്രയോജനം ക്രോധവശാൽ ഉത്തമാണ് പിതാവ് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് തന്നെ ദാനം ചെയ്യുന്നുകൊണ്ടെന്തെങ്കിലും പ്രയോജനം ഉദ്ദേശിച്ചിട്ടുണ്ട് മറിച്ച് ക്രോധവശാൽ ക്രോധം കൊണ്ട് കോപം കൊണ്ടാണ് പിതാവ് പറഞ്ഞത് തഥാവി അങ്ങനെയൊക്കെ ആണെങ്കിൽ സ്വയം ചിന്തിക്കുകയാണ് പിതഭുവച്ചോ പിതാവിന്റെ വാക്കിനെ മൃഷാ മാ അത് മിഥ്യയാകാൻ പാടില്ല അച്ഛന്റെ വാക്ക് മിഥ്യയാകാൻ പാടില്ല അത് പറഞ്ഞത് സംഭവിക്കുന്നു അത് താൻ അനുഷ്ഠിക്കണം അതുകൊണ്ട് പിതാവ് എന്തുദ്ദേശിച്ച് പറഞ്ഞാലും ശരി എന്റെ ധർമ്മം ഞാൻ അനുഷ്ഠിക്കണം പിതാവ് പറഞ്ഞു എങ്ങനെ കൊടുക്കുമെന്ന് ആ പറഞ്ഞ വാക്ക് വ്യർത്ഥമാകാൻ പാടില്ല അപ്പൊ പിതാവിന്റെ വാക്ക് സത്യമാകുന്നതിന് വേണ്ടി താൻ യമലോകത്തിലേക്ക് പോകേണ്ടതാണ് എന്ന് തീരുമാനിച്ചു ബഹുവിന പലരിലും ഞാൻ പ്രഥമഹേമി ഞാൻ പ്രഥമനാകുന്നു ുന്നു പ്രഥമനാകുന്നു പ്രഥമ സ്ഥാനത്തെ പ്രാപിക്കുന്നു എന്നാണ് നിജ പ്രഥമനാകുന്നു എന്നർത്ഥം ഒന്നാം സ്ഥാനത്തെ ഞാൻ പ്രാപിക്കുന്നു നിജ ഞാൻ പ്രഥമനാകുന്നു നിജ തിച്ചടി പോവുക എന്നുള്ള അർത്ഥമാണ് കൂടെ അങ്ങനെ ആകുന്നു എന്നുള്ളത് അതുപോലെ ബഹുവിനാൻ പലരിലും മധ്യമഹേ ഞാൻ മധ്യമനാകാം മധ്യമനുമാകുന്നു പ്രധമനാകുന്നില്ല എന്നർത്ഥം യമസ്യ കിംസി കർത്തവ്യം എന്താണ് എന്നെ കൊണ്ടു വരേണ്ടത് ചെയ്യേണ്ടത് മയ എന്തായാലും എന്നാൽ ആദ്യം ഇപ്പോൾ കരിശി പിതാവിന്റെ വാക്കിനെ നടപ്പിലാക്കണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യണം അല്ല എന്ന് ചിന്തിച്ചതിനു ശേഷം പിതാവിന്റെ വചനത്തെ പാലിക്കണമെന്ന് ചിന്തിച്ചതിന് ശേഷം പിതാവിന്റെ സമീപത്തിലേക്ക് പോയി അടക്കുന്ന വിജയ പറയുന്നത് അനുപശ്യ യഥാപൂർവ പ്രതിപക്ഷ തധാരേ സസ്യവ മർപ്പി സസ്യവ ആയത അനുപ്യഥ सस्यम പ്രതിപക്ഷ തധാ സി सस्यम സി യൂ പ്രതിപ്യവ മദ്യഹ പറ്റ സേവാജാ പുനഃ ചിന്തിച്ചതിന് ശേഷം വളരെ ചിന്തയോടുകൂടി കിംമയോക്തമില്ല ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് ശോകാവിഷ്ഠം പിതരം ശോകാവിഷ്ഠനായ പിതാവിനോട് ഉത്തരം പറയുകയാണ് പിതാവ് നിന്നെ കാലന് കൊടുക്കും എന്ന് പറഞ്ഞു കോപം കൊണ്ട് പറഞ്ഞതാണെങ്കിലും പിന്നീട് താൻ എന്താണ് പുത്രനെ സംബന്ധിച്ച് പറഞ്ഞുപോയത് എന്ന് ചിന്തിച്ച് പിതാവ് ദുഃഖിതനായി എന്നാണ് കാരണം പിതാവിന് പുത്രനോട് വളരെ വാർഷല്യുണ്ട് അതുകൊണ്ടാണ് പുത്രനു വേണ്ടി സമ്പത്തെല്ലാം വച്ചിട്ട് ദാനം ചെയ്ത് അങ്ങനെ അങ്ങനെയുള്ള പുത്രനെ പാലന് കൊടുക്കുമെന്ന് പറഞ്ഞുപോയല്ലോ എന്നുള്ള ദുഃഖത്തോടു കൂടിയിരിക്കുന്ന പിതാവിനെ സമീപിച്ചിട്ട് പുത്രൻ പറയുകയാണ് അനുപശ്യ ആലോചയ വിഭായ വിഭാവയ അനുക്രമേണ വൃത്താ പൂർവേ അവിക്രാതാമഹയു പിതാവിനോട് പറയുകയാണ് പുത്രൻ അനുപശ്യ അല്ലോണം ആലോചയ ആലോചിക്കൂ വിഭാവയ വിശേഷിച്ച് ചിന്തിക്കൂ അനുക്രമേണ എങ്ങനെ യഥാ പ്രകാരേണ പഴയ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തുനോക്കുമെന്നാണ് ഏത് രീതിയിലാണോ വൃത്താഹ പൂർവീ അതിക്രാന്താഹ കഴിഞ്ഞുപോയ ചീത്തർ പിതാവ് പിതാമഹൻ പിതാവിന്റെ പിതാവ് അദ്ദേഹ അച്ഛനപ്പൂപ്പന്മാര് അവരുടെ കഴിഞ്ഞുപോയവരെ കുറിച്ച് ചിന്തിക്കുക എന്നാണ് എന്തിന് താൻ ദൃഷ്ട അവരെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ചതീഷാം വൃത്തം ആ സ്ഥാനം നടത്തുക അവരുടെ പ്രവൃത്തികളെ ആസ്ഥാദം അർഹത സ്വീകരിക്കേണ്ടതാണ് നമ്മുടെ പൂർവികന്മാർ പിതാ പിതാമഹന്മാരെങ്ങനെ ആചരിച്ചു എന്ന് ചിന്തിക്കുന്നതാണ് അനുപശ്യ യഥാപൂർവേ അതുപോലെ വർത്തമാനാസ്ഥവഹ യഥാവർത്തേ താംസ്റ്റ കഥാപ്രതിപശ്യ ആലോചയ പറയുന്നു പൂർവികന്മാരെങ്ങനെ ആചരിച്ചു അനുഷ്ഠിച്ചു ഇത്തരം കാര്യങ്ങൾ എന്ന് ചിന്തിക്കുക അതുപോലെ തന്നെ വർത്തമാനാവസ്ഥ ഇന്ന് നിലവിതിരിക്കുന്ന അപരേ സാധവ മറ്റ് സാധ സജ്ജനങ്ങൾ യഥാവർത്ത എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥ അവയെ കഥാപ്രതിവശിലാകുമെ അതുപോലെ തന്നെ ചിന്തിക്കുന്നു അപ്പൊ മുൻപുളളവർ എങ്ങനെയാണോ പ്രവർത്തിച്ചത് അങ്ങനെ ചിന്തിക്കുക ഇന്നുള്ള സജ്ജനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതും മനസ്സിലാക്കുക എന്നാണ് അത് മനസ്സിലാക്കിയതിനു ശേഷം എന്നുവെച്ചാൽ നമ്മുടെ പൂർവികന്മാരാരും അത് വ്രതം മുമ്പ് ആചരിച്ചിട്ടില്ല വർത്തമാനമ്മ എന്നുള്ള സജ്ജനങ്ങളും അത് ആചരിക്കുന്നില്ല എന്ന അസ്ഥി നമ്മുടെ പൂർവികന്മാരാരും വഞ്ചന ചെയ്തിട്ടില്ല ആത്മവഞ്ചന കാപ്പറ്റി അത് ചെയ്തിട്ടില്ല ഇന്നുള്ള സജ്ജനങ്ങളും അത് ചെയ്യുന്നില്ല തദ്വിപരീതം അശദാംശ വൃത്തം മൃഷാകരണം മറിച്ച് അസത്തുക്കൾ ദുർജനങ്ങളുടെ വൃത്തം പ്രവൃത്തിയാണ് വഞ്ചന അത് ദുഷ്ടന്മാരുടെ പ്രവൃത്തിയാണ് ദുർജനങ്ങളുടെ പ്രവൃത്തിയാണ് നമ്മുടെ പൂർവ്യന്മാരാരും അത് ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ മൃഷഭൂതം കൃത്വ കസ്റ്റിദ് അജര അമരൂഭൂതി പറയുന്നു വൃഷാചരണത്തിലൂടെ കാപട്യത്തിലൂടെ വഞ്ചനയിലൂടെ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് സസ്യദുരുവനും അജര അമരോഭൂതി അചരനോ അമരനോ ആകുന്നില്ല ഇവിടെ ആരും അങ്ങനെ ആകുന്നതായും നമ്മൾ കാണുന്നില്ല കാപ്പട്ടിയും വഞ്ചന ചെയ്യുന്നവർ ധാരാളം കാണുന്നുണ്ട് അവരാരും തന്നെ അജരന്മാരും അമരന്മാരും ആകുന്നില്ല അതഹ യഥ എന്തുകൊണ്ടാണ് മർത്യഹ മനുഷ്യ പച്ചരെ ജീർണവും പ്രിയരെ മനുഷ്യൻ ധാരാളം കാപ്പട്ടിയും വഞ്ചനയെല്ലാം കാണിക്കുന്നുണ്ട് അങ്ങനെ കാണിക്കുന്ന മനുഷ്യനും എന്താണ് വെറും സസ്യങ്ങളെപ്പോലെ തന്നെ ഈ മനുഷ്യനും എന്ത് ചെയ്യുന്നു പച്ച ജീർണിച്ച് നശിക്കുന്നു മനുഷ്യനും ജീർണിച്ച് നശിച്ചു പോവുകയാണ് കാരണം കാവട്ടിയവും വഞ്ചനയൊക്കെ ജീവിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ജീവനം നിലനിർത്താൻ വേണ്ടി ഇതെല്ലാം ചെയ്തിട്ട് ഇതൊന്നും ചെയ്യാത്ത സസ്യങ്ങൾ കൂടി എന്ത് ഇതെല്ലാം ചെയ്ത് ജീവനെ നിലനിർത്തിയാലും പ്രയോജനമില്ല മൃത്യവാച്ച സസ്യവ ആ ജാതി ആവിർഭവതി പുനഃ അവനെന്ത് ചെയ്യുന്നു നശിക്കുന്നു നശിച്ചിട്ട് അതുകൊണ്ടൊന്നും പ്രയോജനമില്ല എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഈ ഇവിടെ നിലനിൽക്കാൻ പറ്റത്തില്ല നശിച്ചുപോകും അപ്പം നശിക്കുന്ന ഈ ജീവൻ തനിക്ക് വേണ്ടി എന്തിനാണ് ഈ കാപട്ട്യങ്ങൾ ചെയ്യുന്നത് ഇതുകൊണ്ട് ജീവനും നിലനിർത്താൻ കഴിയും കഴിയത്തില്ല എന്നാണ് പാലയ ആത്മരഹസത്യം അതുകൊണ്ടെന്നാണ് കാപട്ട്യം കളഞ്ഞിട്ട് സത്യത്തെ പാലിക്കും എന്ന് പറയുമ്പോൾ ആദ്യം മുതലെയുള്ള സത്യത്തെ സൂചിപ്പിക്കാനും സർവസ്വദാനം സത്യമായി പ്രതിജ്ഞ പ്രതിജ്ഞ ഒരിക്കലും മാറ്റാൻ പാടില്ല അതിനെ പരിപാലിക്കുക എന്നാണ് അത് കഴിഞ്ഞ് രണ്ടാമത് പറഞ്ഞെന്താണ് നിന്നെ കാലങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ രണ്ടാമത്തെ സത്യവാക്യമാണത് അതിനെയും പരിപാലിക്കില്ല പ്രേഷയമാം യെന്നെ യമസദനത്തിലേക്ക് യമന്റെ സമീപത്തിലേക്ക് പ്രേക്ഷ അയച്ചു അതാണ് അതിന്റെ താല്പര്യം എന്നത് ഇവിടെ കാപട്ട്യം അല്ലെങ്കിൽ വഞ്ചന യാതൊരു പ്രയോജനവും ഇല്ല ഇവിടെ ചെയ്തത് കാപട്ടിയുമാണ് ആദ്യം തന്നെ സർവവും ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്തു അതിനുശേഷം എല്ലാം ദാനം ചെയ്തില്ല രണ്ടാമത് പിന്നെ തന്നോട് പറഞ്ഞെന്താണ് നിന്നെ കാലിന് കൊടുക്കുന്നു പറഞ്ഞു ഇനി അത് അനുഷ്ഠിക്കണമെങ്കിൽ അത് വഞ്ചനയാകും അപ്പോ ഇതെല്ലാം സമ്പാദിക്കുന്നത് പിതാവിതെല്ലാം സമ്പാദിക്കുന്നത് പുത്രനു വേണ്ടിയും തനിക്ക് വേണ്ടിയും പിന്നെ പുത്രനു വേണ്ടി അതുകൊണ്ടാണ് പറയുന്നത് എന്താണ് ഇതെല്ലാം മൃത്യുവിന് അഭീനമാണ് അങ്ങനെയുള്ള ഞാനും നടത്തിയതിനോ അങ്ങനെയുള്ള എനിക്ക് വേണ്ടി താപത്യം നടത്തി ഇവിടെ ഒന്ന് സമ്പാദിക്കണ്ട അതുകൊണ്ട് പ്രയോജനമില്ല എനിക്കതിന്റെ ആവശ്യമില്ല അതൊന്ന് പറഞ്ഞതനുസരിക്കുക വാക്കുപാലിക്കുക എന്നെ യമന്റെ സമീപത്തിലേക്ക് അയക്കുക എന്നാണ് എന്ന് പിതാവിനോട് ആവശ്യപ്പെടുകയാണ് അതിനുശേഷം പിന്നീട് അടുത്ത മന്ത്രത്തിൽ വരുന്നത് യമസദനത്തിൽ എത്തിച്ചേരുന്നതായിട്ടാണ് യമന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ് അടുത്ത ഭാഗം പറയുന്നത് അപ്പോൾ ഈ സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാക്കാം പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൂർവ്യന്മാരുടെ സത്യധർമ്മമനുസരിച്ച് ജീവിച്ചവരാണ് സജ്ജനങ്ങളുടെ ആചരണം അതാണ് അതുകൊണ്ട് അങ്ങോ അത് ആചരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യന്മലോകത്തിലേക്ക് പോകാൻ അനുവദിച്ചു അത് എങ്ങനെ പോയി ജീവനോടു കൂടിയാണ് പോയത് അത് ഇനി അയക്കാൻ പുത്രനെ യമന് വേണ്ടി ബലിയർപ്പിച്ചോ മൃഗങ്ങളെയും മറ്റും അതോ എന്തെങ്കിലും ഇത്രയും ശ്രദ്ധാവാൻ വളരെ യോഗ്യനമായ പുത്രം തന്റെ സത്യവാൻ പറഞ്ഞ സാവിത്രി യമലോകത്തിലേക്ക് പോയി എന്ന് പറയുന്ന പോലെ തന്റെ യോണത യമലോകത്തിലേക്ക് പോയി അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ െ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അതുകൊണ്ട് അതിവിടെ ചർച്ച ചെയ്യുന്നില്ല എന്തായാലും യമലോകത്തിൽ എത്തിച്ചേർന്നു നദീകരിച്ച് എന്നടത്ത് അവിടെ സന്ദർഭത്തിന് മനസ്സിലാക്കാം അതുകൊണ്ട് എങ്ങനെ പോയി അത് ഏത് വഴിക്കാണ് പോയത് ശരീരത്തോടുകൂടി പോയോ അല്ലെങ്കിൽ മരിച്ചുപോയോ അത് ഇനി ആത്മഹത്യ പോയോ അതോ പിതാവ് കൊന്നു അയച്ചാണോ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രുതി ചർച്ച ചെയ്യുന്നുണ്ട് കാരണം ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യം ഇല്ല എന്തായാലും അവിടെ എത്തിച്ചേർന്നും ഏത് രീതിയിലും ആകാം എങ്ങനെയാണോ അവരവർക്ക് ഇഷ്ടം പിതാവ് ഒന്നും വിവനീകരുതാം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത് വിവനങ്ങൾ അല്ലെങ്കിൽ ഇനി യോഗബലം കൊണ്ട് അവിടെ എത്തിച്ചേർന്നു കരുതാതെ നമ്മളെ അവരുടെ ഇഷ്ടമനുസരിച്ച് വിട്ടിരിക്കുകയാണ് അത് ആവശ്യം ചർച്ച തന്നെ എന്തായാലും ആണ് അവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് യമനുമായിട്ടുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് കിട്ടും അത് പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഷയമല്ല അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാത്ത വിഷയമായിരിക്കാം കണ്ടതിൽ ഏതെങ്കിലും ആകാം ഏതായാലും അത് പുതിഷത്തത് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ ചരിത്രയ്ക്ക് വേണ്ടി സമയം കളയേണ്ട കാര്യമില്ല എന്തായാലും അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അടുത്ത ആ ഭാവത്തു നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ അതിൽ നിന്ന് എടുക്കാം എന്താണ് ആ സത്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി ഇത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരു ബാലൻ ഇത്രയും ശ്രദ്ധാപരമായ ബാലൻ അങ്ങനെ യമലോകത്ത് പോകണമെന്ന് വിചാരിച്ചാല് അസാധ്യമായിട്ടൊന്നുമില്ല സാധാരണ നല്ല ഇത് വിശേഷമായ യോഗ്യതയുള്ള സദ്ഗുണസമ്പന്നനായ ഒരാളാണ് നിശ്ചയദാർഢ്യമുള്ള ഒരാളാണ് യമലോകത്തിലേക്ക് പോകാൻ തയ്യാറായി ആ പിതാവിന്റെ ദോഷത്തെ പാപത്തെ ഇല്ലാതാക്കാൻ തയ്യാറായി നമ്മ പിതാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നവരാണ് പുത്രൻ എന്ന് പറയും അങ്ങനെയുള്ള ആ ഒരു ഒറ്റ ധർമ്മം കൊണ്ട് തന്നെ യമലോകത്തിലല്ല ഏത് ലോകത്തിൽ അങ്ങനെയുള്ള ലോകങ്ങൾ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം പോകുന്നതിനുള്ള ആ ബലം ബലമുള്ള ഒരാളാണ് നവീകേസ് എന്ന് നമുക്ക് ഈ സന്ദർഭത്തിൽ ഇത് മനസ്സിലാക്കാം അതുകൊണ്ട് നവീകേസിനെ സംബന്ധിച്ചിടത്തോളം യമലോകത്ത് പോകുന്നതിന് ആത്മഹത്യ ആവശ്യമൊന്നും വരത്തില്ല അല്ലാതെ തന്നെ പോവാം അത്രയും ഒരു അസാധാരണ ബാലനാണ് അതുകൊണ്ട് യമലോകത്ത് അങ്ങനെ സാവിത്രിയും പോയതായിട്ട് പറയുന്നുണ്ട് പുരാണങ്ങളിലും പലരും പോയതായി പറയുന്നുണ്ട് അത്ര നമുക്ക് സാമാന്യമായി ധരിക്കാം അങ്ങനെ പോയി അവിടത്തെ വിശേഷമാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് പൂർവീന്റെ അർത്ഥമാണ് പൂർവികന്മാർ യഥാ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അനുപശ്യ ആലോചിച്ചു തഥ അതുപോലെ അവരെ ഇന്നുള്ളവർ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് പ്രതിപശ്യ ചിന്തിച്ച് മനസ്സിലാക്കൂ മർത്യഹ മനുഷ്യൻ സസ്യമിവ സസ്യങ്ങളെപ്പോലെ പക്ഷരെ ജീവനിച്ച നശിക്കുന്നു പുനഃ വീണ്ടും സസ്യമിവ സസ്യത്തെപ്പോലെ ആ ജായത്തെ ജനിക്കുന്നു എന്നാണ് അതിന്റെ താൽപര്യം ആമന്ത്രത്തിൽ അതുകൊണ്ട് ഈ ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് സത്യത്തെ പരിപാലിക്കുക വഞ്ചന ഒഴിവാക്കുക വഞ്ചനാത്മകമായി ജീവിക്കാതിരിക്കുക സത്യത്തെ പരിപാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിന് കാരണമായി പറയുന്ന എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ നക്ഷരത ക്ഷണികൾ ആധ്യാത്മിക ജിജ്ഞാസ അതിന് ഒരുവനെ പ്രേരിപ്പിക്കുന്നു അതിനുവേണ്ട വിവേകം ഒരുവന് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ചിന്തയാണ് അതായത് പ്രപഞ്ചത്തിന്റെ നശ്വരതയെക്കുറിച്ചുള്ള ചിന്ത അതിനെ ഇവിടെ സൂചിപ്പിക്കണം ഇനി അതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് നഗിയേഴ്സ് തന്നെ പറഞ്ഞു നഗിയേഴ്സിന്റെ ഉള്ളിൽ നഗിയേസിന്റെ അന്തർലീനമായിരിക്കുന്ന ആ വിരക്കിയെ ഇവിടെ സൂചിപ്പിക്കാനും ലൗകിക പ്രകോപിപ്പിക്കുന്നില്ല അടുത്ത് ഹേമന്റെ വാഗ്ദാനങ്ങളൊന്നും തന്നെ അതൊന്നും എനിക്ക് ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ അതെല്ലാം തള്ളിക്കളയുന്നുണ്ട് അപ്പൊ അതിനെല്ലാം അത്രയൊരു വിവേകം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇതിന്റെ ക്ഷണികതയെക്കുറിച്ചും നശ്വര്യതയെ കുറിച്ചുള്ള ഒരു വിവേകം ശരിയായിട്ടുള്ള വിവേകം ദൃഢമായ ഒരു വിവേകം നജീദേശുണ്ട് അതുകൊണ്ടാണ് നജീതസിന് ഹേമലോകം വരെ പോകുന്നതിനും സാധാരണ ഒരു മനുഷ്യനെ പോലെ അല്ല അല്ലാതെ പോകുന്നതിനുള്ള ശക്തി ഉണ്ടായത് അങ്ങനെ നജീയസ് അവിടേക്ക് പോകുന്നതിന് തയ്യാറായി അവിടെ എത്തിച്ചേർന്നു അനുവദിക്കുള്ള കാര്യമാണ് അത് പറയുന്നത് യമലോകത്തിലെ വിഷയമാണ് വൈശ്വാനരഹ പ്രവിശതി പതിഥർ ബ്രാഹ്മണ ഗൃഹാൻ തസ്യ ഏതാം ശാന്തി കുറവന്തി ഹര വൈവസ്വത ഉദകം വൈശ്വാനര പ്രവിശതി അതിഥ്രാഹ്മണോ ഗ്രഹാൻ യശീതം ശാന്തി കുറവൈവസ്വത്തോദകം സമുത ഇങ്ങനെ പിതാവിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പിതാവും ചെയ്തു ആത്മനഹ സത്യതായി താൻ ഒരു വഞ്ചകനാകാൻ പാടില്ല എന്ന് പിതാവിനും തോന്നി തന്റെ സത്യത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രേക്ഷയാമാസ പുത്രനെ യമലോകത്തിലേക്ക് പറഞ്ഞയച്ചു പിതാവ് തന്നെ അനുവദിച്ചു പുത്രനോട് യമലോകത്തിലേക്ക് പോവാൻ അങ്ങനെ പുത്രൻ യമലോകത്തിലേക്ക് പോയി എന്നെ ഇവിടെ പറയുന്നുള്ളൂ ഏതു വഴിയിലൂടെ എന്ത് മാർഗം ഉപയോഗിച്ചു എന്നും പറയുന്നില്ല പുത്രൻ ഉണ്ടേരെ യമലോകത്തിലെത്തിച്ചേർന്നു ശക്തി യമഭവനം കിട്ടുക പുത്രൻ നേരെ യമഭവനത്തിലെത്തി അത് ഏത് വഴിയിലൂടെ എങ്ങനെയാകാം എങ്ങനെ പോയി എന്നുള്ളതല്ല അത് ശുതി കാരണം എങ്ങനെ പോയി എന്ന് പറഞ്ഞാലും നമുക്ക് പറഞ്ഞു നിന്നിട്ട് പ്രയോജനമില്ല കാരും യമലോകത്തിലേക്ക് പോകാൻ തയ്യാറാകത്തില്ല അതുകൊണ്ടായി വിശദമാക്കിയില്ല എന്താണ് നഴിയേഴ്സ് അവിടെ എത്തി തിസ്രോ രാത്രി തിസ്രഹ മൂന്ന് രാത്രി രാത്രികൾ ഉവാസ അവിടെ വസിച്ചു ഹമഭവനത്തിൽ കഴിഞ്ഞു യമി റോഷിത് യേമൻ സ്ഥലത്തില്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നു യമൻ അവിടെ ഉണ്ടായിരുന്നില്ല റോഷിതെന്ന് പുറത്തു പോയിരുന്നു ക്രോഷ്യ ആഗതം നിയമം മടങ്ങിവന്ന പോയിട്ട് മടങ്ങി വന്ന യമനോട് അമാത്യ മന്ത്രിമാരോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യമാരോ പൗച്ചു അവരാരോ പറയുകയാണ് ബോധേന്ദ പറയുകയാണ് അതാണ് ഈ മന്ത്രം പറയുന്നത് അതായത് ഈ മന്ത്രത്തിൽ പറയുന്ന യമനോട് മറ്റാരോ പറയുന്ന കാര്യം പറയുക മറ്റാരോ യമനോട് പറയുകയാണ് എന്താണ് വൈശ്വാനരഹ അഗ്നിരേവ സാക്ഷാത് പ്രവിശതി അഗ്നി തന്നെ പ്രവേശിച്ചിരിക്കുകയാണ് എങ്ങനെ ആതിരിയായിട്ട് അതിഥിയുടെ രൂപത്തിൽ അഗ്നിയുടെ രൂപത്തിലൂടെ വന്നു ചേർന്നിരിക്കുന്ന അഗ്നിയാണ് സാക്ഷാത് വൈശ്വാനിയുടെ തന്നെയാണ് ഇരിക്കുന്നത് ബ്രാഹ്മണ ബ്രാഹ്മണൻ എങ്ങനെ ഗ്രഹാൻ ദഹന വീട്ടിനെ ദഹിപ്പിക്കുന്ന പോലെ അഗ്നിയെ പോലെയാണ് ഒരു അതിഥി വീട്ടിലേക്ക് കടന്നു വരുന്നത് എന്നറിയാം അഗ്നി വരുമ്പോൾ അതിനെ സൂക്ഷിച്ച കാര്യം കൈകാര്യം ജീവിതങ്ങളെ ദഹിപ്പിക്കും അതിലൂടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് തപസ്വിയായ ഒരു ബാലൻ കടന്നു വരികയാണ് അഗ്നിപ്പോലെയാണ് തപസ്സാണ് യമലോകത്തിലേക്ക് കടന്നു വരുക എന്ന് പറയുന്നത് അത് കഠിനമായ തപസ്സാധ്യമായ ഒരു കാര്യമാണ് തപസ്സുകൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള തപസ്സില്ലാത്തവരൊന്നും യമലോകത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ല ഇവിടെ യമലോകത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോ അത് കണ്ടുകൊണ്ട് പറയുകയാണ് ഇയാൾ അസാധാരണനാണ് തപസ്വിയാണ് അതുകൊണ്ട് അവന് തപസ്വിയായ ഇയാൾ ശരിയായ രീതിയിൽ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അഗ്നിയെ ശരിയായി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അഗ്നി ദഹിപ്പിക്കും അതുപോലെ ദഹിപ്പിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് വെച്ചാൽ തപശക്തിയാണ് ദഹിപ്പിക്കുന്നത് അതാണ് അഗ്നിയെ അവിടെ സൂചിപ്പിക്കുന്നത് പ്രസിദ്ധാഹം ശമയന്ത ഇവ അഗ്നേഹി അഗ്നിയെ അഗ്നി ജോലിക്കുമ്പോൾ അതിലേക്ക് വെള്ളം അവിടെ തൊഴിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതാകുന്നു അതുപോലെ എന്താണോ സസ്യ ദാഹം സമയം അഗ്നിയുടെ ദഹനത്തെ ഇല്ലാതാക്കുന്നത് പോലെ അഗ്നി ആസനാതി ദാനം അതിഥിയുടെ ദഹനത്തെ എങ്ങനെയാണ് ശ്രമിപ്പിക്കുന്നത് ദാനത്തിലൂടെ എന്താണ് അവിടെ ദാനം ചെയ്യേണ്ടത് പാദ്യം പാദാർഹം ജലം പാദ്യം കാല് കഴുകുന്നതിനുള്ള ജലം ആസനം ഇരിപ്പിടം അർഹ്യം പിന്നെ മുഖം കഴുകുന്നതിനുള്ള ജലം അതിദാനം ജലം ആദ്യം ദാനം ജീവ ഉപചാരങ്ങളിലൂടെ അതിഥിയെ സ്വീകരിക്കുക എന്നാണ് സ്വീകരിക്കാനൊരു അതിഥി വരുമ്പോൾ ആദ്യം അവർക്ക് ജലം കൊടുത്ത് സ്വീകരിക്കുക എന്ന് പറയുന്നതാണ് പഴയ ധർമ്മം അത് കുടിക്കുന്നതിനുള്ള വെള്ളം എല്ലാം ആദ്യം കൊടുക്കുന്നത് കാല് കഴുകുന്നതിനുള്ളത് കാലും മുഖമൊക്കെ കഴുകുന്നതിനുള്ള വള്ളമാണ് എന്നാദ്യം അർഹ്യം എന്നെല്ലാം പറയുന്നത് അതുകൊടുത്ത് ഉപചരിക്കുക ഇരുപ്പിടം കൊടുക്കുക അങ്ങനെ മാന്യമായി സ്വീകരിച്ച് സത്കരിക്കുക അങ്ങനെ ശാന്തി കൊടുക്കുക എന്നാണ് അതാണ് ചെയ്യേണ്ടത് ഗൃഹസ്ഥന്റെ ധർമ്മം വീട്ടിലേക്ക് വരുന്ന ഒരാളിനെ എങ്ങനെ സ്വീകരിക്കണമെന്നവിടെ സൂചിപ്പിക്കണം ശാന്തി നിർവന്തി അതിഥേഹി സത്ക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതിജീവി സ്വീകരിക്കുന്നു യഥാതഹ അതാണ് സത്രുക്കളുടെ ആചാരം അതുകൊണ്ട് ആഹാര കൊണ്ടുവരൂ ഹേ വൈവസ്വത ജലം നജിഗേതീതസിന്റെ പാദ്യാദ്യ അർത്ഥം കാല് കഴുകുന്നതിനും മുഖം കഴുകുന്നതിനും പിന്നീട് കുടിക്കുന്നതിനും എല്ലാം വേണ്ടിയിട്ടുള്ള ജലം കൊണ്ടുവരിക എന്നാണ് പാദ്യം തുടങ്ങിയ വേണ്ടിയിട്ടുള്ള അത് പാദ്യ അർത്ഥം അപ്പൊ ജലം കൊണ്ടുവരിക വേണ്ട ഉപചാരങ്ങൾ ചെയ്യുക ശാന്തമാക്കുക എന്നാദ്യ ഉചിതമായ രീതിയിൽ ശർക്കരിക്കുക എന്നറ അത് അതും ആരും തന്നെ സ്വീകരിക്കണം ഗൃഹനായകൻ തന്നെ അവിടെ അമാത്യന്മാരുണ്ട് ഭാര്യയുണ്ട് ജോലിക്കാരുണ്ട് അവരാരും അല്ല ചെയ്യേണ്ടത് അവർ പറയുകയാണ് വൈബൽ ശ്രുത പ്രേമനോട് പറയുകയാണ് നീ തന്നെ ജനം കൊണ്ട് ഒരു കർമ്മമാണ് ഗ്രഹനായകനാണ് അതിഥിയെ സ്വീകരിക്കേണ്ടത് മറ്റാരും വേണ്ട എന്നുകൂടെ സ്വീകരിക്കുകയാണ് അതാണ് ധർമ്മം യോഗ്യനായ തപസ്വായ വ്യക്തി അയാൾ മാത്രമേ അഭിനയ സ്വീകരിക്കാൻ പാടുള്ളൂ അങ്ങനെ ഉള്ള അധി ഗൃഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കുക എന്നാണ് ഇവിടെ തപസയാണ് വന്നിരിക്കുന്നത് പ്രവേശിക്കുന്നു എന്ന് പറയുന്നു ആ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഗ്നി എന്നും ബ്രാഹ്മണൻ എന്നും മറ്റും പറയുന്നത് തപസിനെ സൂചിപ്പിക്കുന്ന ശബ്ദങ്ങളാണ് വൈശാനരഹ तपस्याया, അഗ്നിയെപ്പോലെ ബ്രാഹ്മണ തപസ്വിയായ അതിഥി അതിഥി ഗൃഹാൻ പ്രതിച്ചതി വീട്ടിലേക്ക് കടന്നുവരുന്നു തശ്യയ്ക്ക് ഏതാം ശാന്തി ഉപചാരങ്ങൾ കുറവന്തി ചെയ്യുക അനയോ യമതയുക ഉദകം ജലം ഉപചാരങ്ങൾ ഹരാഹര കൊണ്ടുവരൂ കൊണ്ടുവരൂക്ക് വേണ്ടി ഉപചാരങ്ങൾ കൊണ്ടുവരുകയാണ് അവിടെ തിൽക്കാരത്തെ കുറിച്ചുകൂടെ ഒന്ന് സൂചിപ്പിക്കാനും ചെയ്യാതിരുന്ന ദോഷത്തെക്കുറിച്ച് പറയുകയാണ് അടുത്ത മണ്ഡലത്തിൽ ആശ പ്രതീക്ഷെ സങ്കതം സൂനൃദാന്ത നിഷ്ഠാ പൂർത്തി പുത്ര പശൂംഷ്ട സർവൺ എത വൃണ്േ പുരുഷ അത്പമേധസോ എനശനൻ വസതി ബ്രാഹ്മണോ ഗൃഹേ ആശാക്ഷേ സങ്കടം സൂനത ഇഷ്ടാർത്തെ പുത്രപശൂ സർവാൻ പശൂ പുത്രപശൂ സർവാൻ എത്ത വൃക്തേ പുരുഷ അൽപ്പമേധസാണേ ആശാതീക്ഷേ സം സോണതാ ചിട്ട പൂർത്തെ പുത്രപശുശ സർവാൻ േദ്രന് പുരുഷസ്യൽപമേധസോ യുനശനൻ വസതി ബ്രാഹ്മണോ ഗൃഹി യഥശ്ച എന്തുകൊണ്ടാണ് അതിഥിയെ സ്വീകരിക്കണമെന്ന് പറഞ്ഞത് അകരണി അതിഥി പൂജ ചെയ്യാതിരുന്ന കഴിഞ്ഞാൽ പ്രത്യവായ സ്ത്രീരെ പ്രത്യവായ പാപം ശ്രീയതി വേദം പറയുന്നു അഗ്തിയെ വേണ്ട തരത്തിൽ പൂജിക്കാതിരുന്നു കഴിഞ്ഞാൽ ഫലം പാപമാണെന്ന് ശ്രുതി എന്ന് പറയുന്നു പറയുന്ന എന്താണ് അതിന്റെ അർത്ഥം ഉള്ളടുത്ത് പറയുന്നത് അനർജ്ഞാത പ്രാർത്ഥന ആശ ഇഷ്ടാർത്ഥ പ്രാർത്ഥനയാണ് ആശ എന്ന് പറയുന്നത് നമ്മൾ വീടുന്ന എല്ലാ മംഗളങ്ങളും ഭവിക്കട്ടെ എല്ലാ നന്മകളും വരട്ടെ എന്നെല്ലാം പറയുന്ന പ്രാർത്ഥന എന്താണ് മംഗളം എന്താണ് നന്മ എന്ന് വിശേഷിച്ചറിയാതെ എന്നാൽ അത് ആശംസിക്കുന്നതാണ് ആശ എന്ന് പറയും അമറിഞ്ഞാത വിശേഷിച്ചറിയാൻ പറ്റുക പ്രാപ്യ എന്നാൽ പ്രാപിക്കേണ്ടതുമാണ് അങ്ങനെയുള്ള ഇഷ്ടാർത്ഥം ഇഷ്ടവിഷയങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥന അതാണ് ആശ എന്ന് എന്താണെന്ന് വിശേഷിച്ചറിയില്ല എന്നാൽ അത് വന്നു ചേരേണ്ടതുമാണ് അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ആശാമർത്ഥിക്കുന്നു പ്രാർത്ഥന ഞാൻ അർത്ഥിക്കുന്നു അപ്പൊ നന്മകൾ മംഗളങ്ങൾ എല്ലാം പൊതുവായി ആശിക്കുന്നത് അതിനാണ് ഇവിടെ ആശാം എന്ന് പറയുന്നത് പ്രതീക്ഷ എന്ന് പറയുന്നത് അർത്ഥ പ്രതീക്ഷണം പ്രതീക്ഷ അതിനകത്ത് പുത്രൻ ഉണ്ടാകട്ടെ ദീർഘായുസുണ്ടാവട്ടെ പശു ഉണ്ടാകട്ടെ പൂർത്തി ഉണ്ടാവട്ടെ എന്നെല്ലാം പറയുന്നതാണ് നിർജ്ഞാതം അറിയാം എന്താണെന്നുള്ളത് പ്രാപ്തിയും പ്രാപിക്കേണ്ടതുമാണ് അങ്ങനെയുള്ളതിനെക്കുറിച്ചുള്ള പ്രതീക്ഷണം അതായത് പ്രതീക്ഷ അതിനുള്ള പ്രതീക്ഷ അതിനെ പ്രതീക്ഷിക്കുക അതിനെ ആഗ്രഹിക്കുക അതാണ് ആശാപ്രതീക്ഷ അപ്പൊ രണ്ട് തരത്തിൽ മംഗളങ്ങളെ നന്മകളെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അറിയുന്നതും അറിയാത്തതും നന്മ വരട്ടെ എന്ന് പറയുമ്പോൾ ഏത് നന്മയെന്നറിയാതെ എന്നെ അത് ആഗ്രഹിക്കുന്നു സമ്പത്തുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ നന്ന ഇന്നതാണ് സമ്പത്താണെന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നു അങ്ങനെ ഉണ്ടാകുന്ന ആശകളും പ്രതീക്ഷകളും പുണ്യഫലങ്ങൾ ഏതെല്ലാം പുണ്യഫലങ്ങളാണ് ഇവയെല്ലാം സങ്കടം അടുത്തത് സത്സംയോഗജം ഫലം സത്സംഗം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ സത്തുക്കളുമായിട്ടുള്ള സമ്പർക്കങ്ങളാവുന്ന ഫലങ്ങൾ ലൗകികവും അലൗകികവുമായിട്ടുള്ള ഫലങ്ങൾ എല്ലാം വരാം അതിനും ഫലമുണ്ട് സത്വക്കളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് സത്ഫലങ്ങളുണ്ടാവുന്നു അതിലിപ്പോ അഹീകമായിരിക്കും പാരസ്പ്രകമായിരിക്കും ശ്രേയസായിരിക്കാം പ്രേയസായിരിക്കാം ഏതായാലും അത്തരം ഫലങ്ങൾ സൂര്യർ ൂനിർദാഹിത് പ്രിയ വാക്ക് പ്രിയവാക്ക് നല്ല വാക്കുകൾ കൊണ്ട് തന്നിമിത്തം അതുകൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ നല്ല വാക്കുകൾ എന്ന് പറയുന്നത് കൊണ്ടാണ് സ്തുതി ഈശ്വരസ്തുതി പ്രാർത്ഥന മന്ത്രജപങ്ങൾ പിന്നെ നല്ല വാക്കുകൾ പറയുന്നത് കൊണ്ടെല്ലാം ഉണ്ടാകുന്ന ഫലങ്ങൾ സത്സംഭാഷണം കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ ഇതെല്ലാം നല്ല വാക്കുകൾ കൊണ്ട് പ്രിയ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളാണ് ഇതിനുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യന് പ്രാപിക്കാവുന്ന ഫലങ്ങൾ ഭാഷാപ്രതീക്ഷാരൂപത്തിലുള്ള ഫലങ്ങൾ സങ്കടമായിട്ട് വരുന്ന ഫലം സത്സംഗം കൊണ്ടുവരുന്ന ഫലങ്ങൾ സൂര്യ നല്ല വാക്കുകൾ കൊണ്ടുവരുന്ന ഫലങ്ങൾ ഏറെയുണ്ടാകാം നിഷ്ഠാപൂർത്തി ഇഷ്ടം യാഗജം ഫലം യാഗത്തിൽ നിന്നും മറ്റുമുണ്ടാകുന്ന ഫലമാണ് ഇഷ്ടഫലങ്ങൾ പൂർത്തം ആരാമാദിക്രിയാജം ഫലം പൂർത്തം എന്ന് പറയുന്നത് സമൂഹ സേവ അതിനാണ് പൂർത്തവ സമൂഹത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ ആരാമനിർമ്മാണം പൂന്തോട്ടങ്ങളും മറ്റും നിർമ്മിക്കുക പൊതുസ്ഥലത്ത് പൂന്തോട്ടം നിർമ്മിക്കുക കിണറുകൊഴിക്കുക പൊതുജനങ്ങൾക്ക് ഭക്ഷണം ആഹാരം നൽകുക അവർക്ക് പാർട്ടിടം ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് പൂർത്തകർമ്മം ആരാമാതിക്രിയാരംഭനം അതിൽ നിന്നും ഫലമുണ്ടാവുന്നു ഇങ്ങനെയുള്ള ഫലങ്ങൾ ഒരു മനുഷ്യന് ഒരു ജീവിതത്തിൽ ആർജിക്കാവുന്ന എല്ലാ തരത്തിലുള്ള ഫലങ്ങളും അത് തന്നെ പറയുന്നത് പുത്ര പശുവിനിശ്ച പുത്രന്മാർ സന്തതി പശു എന്ന് പറയുന്നു എല്ലാ തരത്തിലുള്ള സമ്പത്തുകളും പശുവിനിശ്ച സർവം യഥോക്തം ഭർജയി ഇങ്ങനെ വരുന്ന സർവം യഥോക്തം ഈ പറഞ്ഞതായ സർവസമ്പത്തും സർവ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സർവ്വ കൊണ്ടാണ് മൃഗത്തെ വർജയരി വിനാശേരി ഇതെന്നെല്ലാം നശിപ്പിക്കും എല്ലാ ഫലങ്ങളെയും നശിപ്പിക്കുന്നതാണ് എന്ത് എന്താണ് നശിപ്പിക്കുന്നതെന്ന് അടുത്ത് പറയുന്നു പുരുഷസ്യ അൽപമേധസഹ അൽപജ്ഞസ്യ അറിവില്ലാത്തവന് ഇതെല്ലാം നഷ്ടപ്പെടും എന്നുവെച്ചാൽ പൂർവപൂർവ്വ ജന്മങ്ങളുടെ കൂടെ ആർജിതമായി ഇവനെ നേടേണ്ടിയിരിക്കേണ്ടതായ ഫലങ്ങളെല്ലാം അവിവേകിയാണെങ്കിലും അൽപജ്ഞനാണെങ്കിലും നഷ്ടപ്പെടും എന്താണ് അവന്റെ ആത്മജ്ഞത യസ്യ ഏതൊരുവന്റെയാണോ അനശ്വനൻ അഭുഞ്ജാനിശന്ന് ബ്രാഹ്മണ വിശന്ന ബ്രാഹ്മണൻ കൃതി വസതി ഗുരുവിന്റെ വീട്ടിൽ താമസിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇശന്ന ബ്രാഹ്മണൻ ഗുരുവന്റെ വീട്ടിൽ കഴിഞ്ഞാൽ അവന്റെ സർവ എന്നുവെച്ചാൽ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിവിടെ തപസ്സിന്നുള്ള അർത്ഥം കേട്ടോ കോണുതാണെന്നുള്ള അർത്ഥത്തിനല്ല ഒരു തപസ്സിയായ ഒരാള് വീട്ടിൽ വരികയും അയാൾ വിശന്നിരിക്കുകയും കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ സർവവും നശിക്കും അവന്റെ സർവ പ്രതീക്ഷകളും നശിക്കും എന്നാണ് അപ്പൊ യോഗ്യനായ സ്വീകരിക്കേണ്ടവനായ ഒരുവൻ തപശിയായ ഒരു വ്യക്തി തന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേദം അധ്യയനം ചെയ്യുന്നവൻ എന്താണ് വേദത്തിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ശബ്ദം എല്ലായിടത്തും ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണ് വേദം അതിന്റെ നിഷ്ഠയോടുകൂടി അധ്യയനം ചെയ്യുന്നവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അതും അതിന്റെ നിഷ്ഠയോടുകൂടി അധ്യയനം ചെയ്യും ഉപനയനം ചെയ്യുക പിന്നെ വേദാധ്യയനം ചെയ്യുക അതിൽ പറയുന്ന രീതിയിലുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുക അതനുഷ്ഠിച്ചവരാണ് ബ്രാഹ്മണൻ എന്ന് പറയത്തുള്ളൂ പിന്നീട് കാലക്രമീണങ്ങനെ അങ്ങനെ അങ്ങനെ ചെയ്തിരുന്ന ആൾക്കാരുണ്ടായിരുന്നു പിന്നീട് കാലക്രമീണ അബദ്ധത്തിൽ ആ വംശത്തിൽ ജനിക്കുന്നവരെല്ലാം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞുപോയതാണ് അതിന് വാസ്തവമായിട്ട് യാതൊരു ബന്ധമുണ്ട് അങ്ങനെ നമ്മൾ ധരിച്ചടരുത് ഒരിക്കുന്നു അങ്ങനെ അബദ്ധം ധരിച്ചടയരുത് ഒരു വംശത്തിൽ പറഞ്ഞതുകൊണ്ടൊരാള് ഒരിക്കുന്ന വേദത്തിൽ പറയുന്ന വൈദിക ബ്രാഹ്മണനാകത്തില്ല അങ്ങനെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു ഹോട്ടൽ നടത്തി പഴയ ഹോട്ടൽ നടത്തിയാൾ ബ്രാഹ്മണനാകത്തു അയാൾ ഉപനയനം ചെയ്യണം വേദാധ്യയനം ചെയ്യണം വേദത്തിൽ പറയുന്ന കർമ്മങ്ങൾ എന്ന അനുഷ്ഠിക്കണം അങ്ങനെ ആയാലും അങ്ങനെയായ ബ്രാഹ്മണനാകും അങ്ങനെ ചെയ്യുന്ന ആരായാലും ശരി അയാളുടെ കുലം വേദത്തിൽ ബ്രാഹ്മണത്വത്തെ നിർണ്ണയിക്കുന്നത് ഒരിക്കലും ബലം നോക്കിയല്ല അങ്ങനെ അല്ലാതെയുള്ള അവരെ കുറിച്ച് പറയുന്നുണ്ട് ജാതി ബ്രാഹ്മണൻ കാരണം കേവലം ജാത്യാഭിമാനം കൊണ്ട് വംശാഭിമാനം കൊണ്ട് മാത്രം ഞാൻ ബ്രാഹ്മണനാണെന്ന് കരുതുന്നു അത് നാമബ്രാഹ്മണനാണ് പേരിൽ മാത്രമേ ഉള്ളൂ അയാളെ ബ്രാഹ്മണൻ എന്നുള്ള തരത്തിലുള്ള പരിഗണന ഇന്നും ഒരു സ്ഥലത്തും കൊടുക്കരുതെന്നും പറയുന്നുണ്ട് സാധാരണ ബ്രാഹ്മണന് കൊടുക്കേണ്ട പരിഗണനകളെന്നും അങ്ങനെ കേവല നാമം കൊണ്ട് മാത്രം ഒരാളായിരിക്കുന്ന ആണെന്ന് അങ്ങനെ അവര് കൊടുക്കരുതെന്നും പറയുന്നുണ്ട് ബ്രാഹ്മണകളുടെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടിങ്ങനെ ബ്രാഹ്മണ ബ്രാഹ്മണത്വം പറഞ്ഞിട്ട് ആ ഞാൻ ബ്രാഹ്മണനാണ് എന്നെ പറഞ്ഞു കഴിഞ്ഞാ അത് സ്വീകരിക്കേണ്ട കാര്യം ഇല്ല ശ്രുതി പറയുന്നത് വേദം പറയുന്നത് അങ്ങനെയുള്ള ബ്രാഹ്മണനെ കുറിച്ചാണ് പപക്ഷിയായിരിക്കണത് ഉപനയനം ചെയ്യുക വേദം അധീനം ചെയ്യുക അത് നിർദ്ദേശിക്കുന്ന കർമ്മം ചെയ്യുക എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ തടസ്സം അപ്പൊ അത് അനുഷ്ഠിക്കുന്നവൻ പാരായണമായ ശരിയായിട്ടുള്ള ബ്രാഹ്മണനാണ് അല്ലാത്തവരൊന്നും ബ്രാഹ്മണൻ എന്നുള്ള പേരിന് അർഹനെയല്ല അന്നർത്ഥം ഇപ്പൊ അപ്പൊ അമ്പലങ്ങളിലൊക്കെ പൂജ ചെയ്യുന്നവർ ഒരു സംശയം വേണ്ട ബ്രാഹ്മണനല്ല എന്നർത്ഥം മന്ത്രം അറിയാതെ പൂജ അറിയാതെ നിർമ്മിയിലെത്തുകൊണ്ട് പൂജ ചെയ്യുന്നവരൊരിക്കലും ബ്രാഹ്മണനെ അല്ല എന്നർത്ഥം അപ്പൊ അത് അറിയണ്ട കാര്യങ്ങൾ അറിയാതെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ ചെയ്യുന്നവനെയാണ് ചണ്ടാളൻ എന്ന് പറയുന്നത് നമ്മുടെ വേദത്തിൽ മറ്റുള്ളവരെ ചണ്ടാളൻ എന്ന് പറയുന്നു കാരണം വേദമൊക്കെ ശരിയായ രീതിയിൽ അറിഞ്ഞ് അതിന്റെ ചെറിയ വിധി അനുസരിച്ച് കർമ്മങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതാണ് വിഹിതമായ രീതിയിൽ കർമ്മങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നവനാണ് ചണ്ടാളൻ എന്ന് പറയുന്നത് അപ്പൊ വിഹിതമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് നൂലിട്ടിരുന്നാലും ബ്രാഹ്മണൻ എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടാളനെന്നേ പറയാൻ പറ്റില്ല വേദത്തിന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായം അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപസിഹിതമായ രീതിയിൽ ജീവിക്കുന്നവനാണ് അങ്ങനെ ഒരാൾ വീട്ടിൽ വന്ന് പട്ടണി കടന്നു കഴിഞ്ഞാൽ അയാളെ സർത്തിരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് സർവവും അതുകൊണ്ട് നശിക്കും എന്നാണ് തസ്മ അതുകൊണ്ട് ഇവിടെ ശ്രുതി പറയുകയാണ് അനുപേക്ഷണീയ ഒരിക്കലും ഉപേക്ഷിക്കരുത് സർവാവസ്ഥാസ് ഒരു ബ്രാഹ്മണനെ ഒരിക്കലും തിരസ്കരിക്കരുത് നിന്ദിക്കരുത് ബ്രാഹ്മണനെ ഒരിക്കലും ബ്രാഹ്മണൻ നി മഹാപാപമാണ് ഒരിക്കലും അത് പാടില്ല നിന്ദിക്കരുത് ഒരിക്കലും ഉപേക്ഷിക്കരുത് സർവാവസ്ഥാസ് ഏതവസ്ഥയിലായാലും ശരി താൻ എന്ത് അവസ്ഥയിലായാലും ശരി താൻ എന്ത് ദാരിദ്ര്യത്തിലായാലും ശരി ആ ബ്രാഹ്മണനെ പൂജിക്കണം സത്കരിക്കണം ബഹുമാനിക്കണം അങ്ങനെയുള്ള അതിഥിയെ എന്നുള്ളൊരു വലിയ തത്വത്തെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് എന്താണോ അവിടെ ആരോ പറയുകയാണ് അല്ലെങ്കിൽ ശ്രുതി പറയുകയാണ് ശ്രുതി ഇവിടെ ഇപ്പോ കഞ്ഞ മന്ത്രത്തെ അത് അമാത്യൻ അല്ലെങ്കിൽ ഭാര്യ പറയുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ശ്രുതി അങ്ങനെ ഒരു വലിയ സത്യത്തെ പറയുകയാണ് അർഹതയുള്ളവൻ ബഹുമാനിക്കേണ്ടവന് ബഹുമാനിക്കണം അത് ചെയ്യാതിരുന്നു അത് അവന് വലിയ ദോഷം അവന്റെ എല്ലാം നഷ്ടപ്പെടുത്തും എന്നാണ് അവളത് ചെയ്യരുതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് അടുത്ത് യമദേവൻ നദികനോട് സംസാരിക്കുന്ന അടുത്ത മന്ത്രത്തിൽ ഇതെല്ലാം നമ്മുടെ സനാതനമായ ജീവിത സമ്പ്രദായത്തെ ജീവിതക്രമത്തെ എല്ലാം സൂചിപ്പിക്കാൻ അതിന്റെ ഇടക്കൂടെ തന്നെ ഇത്തരം കാര്യങ്ങളാണ് കിശ്രവും രാത്രി അവിടെയും യവാക്സേഹ എന്നാണ് അവിടെ ആക്ഷരം വിട്ടിരിക്കുക തിസ രാത്രേ യക്ഷേമി യത്ത് ഒരു തകാരം ഇട്ടു അവിടെ ഗൃഹേണി അനശനൻ ബ്രഹ്മൻ അവിധി നമസ്തി അസ്തു തസ് പ്രതി സ്ത്രീൻ വരാൻ വൃണീഷ രാത്രി തകാരോടെ അത് ചേർത്തോ അവാീ ഗൃഹേ മേ അനശ്വനൻ ബ്രഹ്മൻ അതിഥി നമശ്യ േ അസ്തു ബ്രഹ്മൻ സൃഷ്ടി നസ് തസ് പ്രതി വരാൻ നിർണ അതിഥ ൃത്യുവാച ഇങ്ങനെ ഭാര്യവാലയോ അങ്ങനെ മന്ത്രിമാരെയോ മൃത്യുവിനോട് പറഞ്ഞു യമദേവനോട് യമദേവൻ അത് കേട്ടുകൊണ്ട് പറയുകയാണ് നദികേദ സമ്പഗമ്യ നദികേദത്തിനെ സമീപിച്ചിട്ട് പൂജാ പുരസരം ആ ബ്രാഹ്മണനെ ഉചിതമായ പൂജകളെല്ലാം ചെയ്ത് എന്നിട്ട് പറയുകയാണ് തിസഹ രാത്രി മൂന്ന് രാത്രികൾ എന്തുകൊണ്ടാണ് അങ്ങ് മൂന്ന് രാത്രികൾ അവാക്ഷി ഉഷിതവാനസി എന്റെ വീട്ടിൽ താമസിച്ചു അങ്ങ് മൂന്ന് രാത്രി ഗൃഹേ മെയ് മമഗ്രഹേ എന്റെ വീട്ടിൽ അങ്ങ് മൂന്ന് രാത്രി കഴിഞ്ഞു അനശ്വനൻ ഭക്ഷണം കഴിക്കാതെ ഈ മൂന്ന് ദിവസവും ഭക്ഷണം കഴിക്കാതെയാണ് കഴിഞ്ഞെന്ന് ഇതിന് മനസ്സിലാക്കാം കാരണം യമനെ കണ്ടുകഴിഞ്ഞ് ആഹാരം കഴിക്കൊന്ന് രാശി പിടിച്ചവടെ നൽകിയേത്തിരുന്നു എന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത് ഹേ ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മൻ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠനായ തപസ്വിയായ ബ്രാഹ്മണ അങ്ങ് മൂന്ന് ദിവസം എന്റെ വീട്ടിൽ ഒന്നും കഴിക്കാതെ കഴിഞ്ഞു അതിഥീശൻ അങ്ങ് എന്റെ അതിഥിയാണ് എന്റെ സാധാരണ യമലോകത്തിലേക്ക് ചെന്നത് പ്രേതമായിട്ടാണ് പക്ഷെ ഇവിടെ അങ്ങനെ അതിയായിട്ടാണ് ചെന്നത് തപസിയായതുകൊണ്ടാണ് നമസ്സിഹ നമസ്കാരാർഹ്യ നമസ്കരിക്കാൻ യോഗ്യനാണ് യമദേവൻ പോലും കാരണം അതിശയപ്പെടുകയാണ് കാരണം അങ്ങനെ ബാലന്മാരാരും ഒരു അതിയായിട്ട് തപസിയായിട്ട് യമലോകത്തേക്ക് വന്നിട്ടില്ല തപസികളൊക്കെ പോകുന്ന വേറെ ലോകങ്ങളിലേക്കാണ് യമലോകത്തിലേക്കല്ല യമലോകത്തിലേക്ക് പോകുന്ന സാധാരണ പാവികളാണ് അപ്പൊ അവിടെ കഴിഞ്ഞാൽ അവരെ ഇതുപോലെ പൂവും പുഷ്പവും കൊടുത്ത് ആരും സ്വീകരിക്കാറില്ല സാധാരണ ഇത് പതുവിന് വിരുദ്ധമായിട്ടാണ് വിപരീതമായിട്ടാണ് നമസ്കാരാർഹ നമസ്കാരാർഹനായ ഒരാൾ ഈ ലോകത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് തപശിയായിട്ടുള്ള ഒരാൾ സാധാരണ ബ്രാഹ്മണൻ ആരും അവിടെ പോകാറില്ല ചണ്ടാളന്മാർ പോകാറുണ്ട് നമസ്കാരാർഹ നമസ്കാരാർഹനാണത് തസ്മുണ്ട് നമഹത്തെ തുധ്യം വസ്തുഭവത് വാങ്ങിക്കുന്ന നമസ്കാരം ഭവിക്കട്ടെ അങ്ങനെ ആദ്യമായിട്ടാണ് യമദേവൻ തന്റെ കാലപുരിയിലേക്ക് വരുന്ന ഒരാൾക്ക് നമസ്കാരം പറയുന്നത് ആദ്യമായിട്ടാണ് ഹേ ബ്രഹ്മൻ അല്ലയോ തപസ്സി സ്വസ്തി ഭദ്രം അസ്വാമിക്ക് മംഗളം ഭവിക്കട്ടെ തസ്മാ അലശനേന അങ്ങയുടെ പട്ടിണികളെന്നും മദ്ഗ്രഹവാസ നിമിത്താദ് ദോഷ എന്റെ ഗൃഹത്തിന് ഒരു അതിഥി ഭക്ഷണം കഴിക്കാതെ ഇരുന്നു അത് ദോഷമാണ് ദോഷം ചെയ്യും യമപകവിൽ പദവിയിൽ മുക്തപുരുഷനായിരിക്കുന്ന ആളാണ് എമദേവൻ അങ്ങനെ ഹോമദേവൻ പോലും പറയുകയാണെന്താണോ ഒരു അതിഥിയെ സത്കരിച്ചില്ല എങ്കിൽ തനിക്ക് പോലും ദോഷം വരുംപ്രാപ്തി വശമേനാ പാപപ്രാപ്തി പാപം വരാൻ പാടില്ല അതിന്റെ ശാന്തിക്കായി യുദ്ധീഭവത് അനുഗ്രഹേനെ സർവം നിമസ്വൃസ്ഥിഷ്ടിയാണ് പറയുന്നത് അങ്ങയുടെ അനുഗ്രഹം കൊണ്ടെന്താണോ എനിക്ക് സർവമംഗളങ്ങളും ഭവിക്കും തിരിച്ചാണ് ഇപ്പൊ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നദീകേശിച്ചെന്നത് പക്ഷേ യമൻ നദീകേശത്തിന്റെ ആ മഹത്വം മനസ്സിലാക്കിയിട്ട് പറയാന് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് വേണം എന്റെ പാവങ്ങളെല്ലാം നശിക്കേണ്ടത് എന്നാണ് അത്രയും തപസ്വികൾക്ക് അങ്ങനെ ദേവന്മാരെ പോലും അനുഗ്രഹിക്കുന്നതിനുള്ള ശേഷി ഉണ്ട് എന്നാണ് അതോടെ സൂചിപ്പിക്കുന്നത് അങ്ങനെ യമൻ യമദേവനെപ്പോലും അനുഗ്രഹിക്കുന്നതിനും ഉള്ള ശേഷി ഈ തപസ്സിയായ ബാലനുണ്ട് അങ്ങയുടെ അനുഗ്രഹം യഥാർത്ഥ ബ്രാഹ്മണൻ അങ്ങനെയുണ്ട് അതാണ് ദേവന്മാരും കൂടി ബ്രാഹ്മണന് അധീനമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് തപസികൾക്ക് അധീനമാണവൻ മമസ്വസ്തിഷ്ക അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് മംഗളം ഭവിക്കട്ടെ തഥാപി അധിക സംപ്രസാദനാർത്ഥം അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മംഗളങ്ങളിൽ സംഭവിച്ചു തന്നാൽ അത് പോയാൽ അങ്ങയുടെ അനുഗ്രഹം അങ്ങയുടെ പ്രീതി എനിക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് തലശലീന ഹാരം കഴിക്കാതെ കുഷിതാം താമസിച്ചതായ ഈ തീകാം രാത്രി പ്രതി ഓരോരോ രാത്രിക്കും മൂന്ന് രാത്രി കഴിഞ്ഞു അതുകൊണ്ട് ഓരോരോ രാത്രിക്കും വേണ്ടി ത്രീൻ വരാൻ മൂന്ന് വരങ്ങളെ നിർണ്ണയിച്ചുവാ അങ്ങ് സ്വീകരിക്കുക എന്നാണ് അഭിപ്രായ വിഷയാൻ അഭിപ്രായാർത്ഥം അങ്ങനെ എന്താണ് അങ്ങനത്തെ ആവശ്യം എന്താണ് അങ്ങനെ ഇഷ്ടം അത് മത്തഹ എന്നിൽ നിന്നും പ്രാർത്ഥ ആവശ്യപ്പെട്ടോളൂ എന്നാണ് അപ്പോൾ ഒരു അക്ഷന്തവീയമായ ഒരു അപരാധമാണ് എനിക്ക് സംഭവിച്ചത് എന്റെ വീട്ടിൽ ഒരു അതിഥി വന്നു അതും ബ്രാഹ്മണനായ ഒരതിഥി തപശിയായ ഒരു അതിരി എന്റെ വീട്ടിൽ വന്നു മൂന്ന് ദിവസം കഴിഞ്ഞു എനിക്ക് സൽക്കരിക്കാൻ കഴിഞ്ഞില്ല വേണ്ട രീതിയിൽ ആചരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ പാപം അതിന്റെ പ്രായശിത്വം എന്നുള്ള നിലയ്ക്ക് മൂന്ന് വരങ്ങൾ എന്നിൽ നിന്ന് അങ്ങേക്ക് ആവശ്യപ്പെടാം അത് ഏതായത് ശരി തരാൻ അങ്ങനെയുള്ള ഏതാവശ്യം ഏത് വരവും നൽകാൻ യമദേവൻ തന്നെ ഇവരെ ആ ബ്രാഹ്മണനായ ബാലന്റെ മുമ്പിൽ തപശിയുടെ മുമ്പിൽ എന്താണ് ഒരു ശിശുവിനെ പോലെ പ്രാർത്ഥിക്കാൻ അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എന്റെ സവ പാപങ്ങളും നശിക്കുമെന്ന് പറയുന്നു അപ്പോൾ അവിടെ ചെന്ന് ചേർന്ന മജികേതുഷന്റെ യോഗ്യതയെക്കുറിച്ച് നമുക്കിതിനൊന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ഏതു വഴിക്ക് പോയി എന്ത് ഉപായമാണ് സ്വീകരിച്ചത് അവിടെ എത്താൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിശേഷിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ നവീകരിച്ച് അവിടെ എത്തിയത് എന്തെങ്കിലും ലൌകികമായ ഉപായത്തിലൂടെയല്ല ബലി കൊടുത്തോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തോ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കാം ക്ഷമദേവനു കൂടി നമസ്കരിക്കാൻ അർഹനായ ഒരു ജീവൻ എന്നുള്ള നിലയ്ക്ക് തന്റെ തപസ്സിന്റെ തന്റെ ശ്രദ്ധയുടെ ഫലമായി അലൌകികമായ ഒരു രീതിയിൽ നവീകരിച്ച് അവിടെ യമലോകത്ത് എത്തിച്ചേരുന്നു ആ വഴി ശ്രുതി വ്യക്തമാക്കിയത് കാരണം പറഞ്ഞു തന്നിട്ട് പ്രയോജനമില്ലാത്ത മറ്റുള്ളവർ ആ വൈകൃ സഞ്ചരിക്കാൻ പറ്റത്തില്ല യോഗ്യനാണെങ്കിൽ അത് അതുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ ശ്രുതി ചർച്ച ചെയ്യാത്തത് അങ്ങനെ ഏറ്റവും ഉത്തമനായ പറഞ്ഞുണ്ടോ ബഹുവിനാ നിയമിപ്രഥമാണ് ശിഷ്യന്മാരിലോ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമനായ ഒരാളെന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള ഒരാൾ യമലോകത്ത് എത്തിച്ചേരുന്നതിന് നമ്മൾ സാധാരണ ചിന്തിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് ബുദ്ധിയെ കുറയ്ക്കേണ്ട കാര്യമില്ല അത് യോഗികളുടെ മാർഗത്തിലൂടെ യോഗികൾക്ക് പോകുന്ന യമലോകത്തിലേക്ക് പല വഴികളുണ്ട് കാരണം യമലോകത്തിലേക്ക് സാധാരണ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പോകുന്ന വഴികളുണ്ട് പാവികളുടെ വഴി പിന്നെ യോഗികൾക്ക് അവിടെ പോകാനുള്ള വഴിയുണ്ട് എന്നാൽ യമദേവൻ അവിടെ ഇങ്ങോട്ട് വരികയും പോവുകയും ചെയ്യുന്ന പാവികളുടെ വഴി കൂടെയാണ് അങ്ങനെ യമദേവന്റെ കുരുജനാണിവിടെ നജികദശിനി യമദേവൻ കാണുന്നത് പൂജിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളവിടെ യമലോകത്തിലേക്ക് പോയത് അത് യോഗികളുടെ മാർഗത്തിലൂടെയാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ആ വഴിയെ ഏത് വഴിയെന്ന് പറഞ്ഞ് ചിന്തിച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല അത് ഈ സന്ദർഭങ്ങളിൽ നിന്നും യമദേവന്റെ വാക്കിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ എത്താൻ അങ്ങനെയുള്ള ഒരാളിനും മാത്രമേ അതും നമ്മൾ മനസ്സിലാക്കുക ഇവിടെ യമദേവ യമലോകത്ത് ചെന്നിട്ട് സാധാരണ പോകുന്ന എന്താണ് നരക അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അനുഭവിക്കാനാണ് ഒരു ജീവൻ യമലോകത്ത് പോകുന്നത് ഇവിടെ ഈ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ അവിടെ എത്തിയത് എന്താണ് ആത്മവിദ്യയ്ക്ക് വേണ്ടി അപ്പൊ ആത്മവിദ്യയ്ക്ക് വേണ്ടി യമലോകത്ത് എത്തുമ്പോൾ അവിടെ സഞ്ചരിക്കുന്ന പാതികളുടെ മരണത്തിന്റെ വഴിയിലൂടെ ആയിരിക്കില്ല മറച്ചു വഴിയിലൂടെ ആയിരിക്കും അവിടെ എത്തുന്നത് അങ്ങനെ ഒരാളിനെ യമദേവനെ കാണാൻ പറ്റും യമനോട് ആത്മവിദ്യയെക്കുറിച്ച് ചോദിക്കാൻ പറ്റും അപ്പൊ ഇത് തികച്ചും അനൗകികമായ അനുവേദ സാധാരണമായ ഒരു യോഗിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മുടെ സാധാരണ സാധാരണ രീതിയിൽ ഇതിനെ ചിന്തിക്കാനോ വിലയിരുത്താനോ പാടില്ല ഇവിടെ സൂചിപ്പിക്കുക ആണ് ഈ മന്ത്രത്തിൽ അങ്ങനെ യമൻ അവർ യമൻ മദീയേശിനോട് അടുത്ത വരങ്ങൾ നൽകുന്നതാണ്